ി ആദിതമന്ത്രമാണുവായം പിന്ധോ സുഹൃത ലോകേ ഗുഹാം പ്രവിഷ്ടരമേ പരാർ पंचाग्नयो യാതോ ബ്രഹ്മവിദോ വദന്ദേ പഞ്ചാഗ്നോ എചേജയം തിഷതം പാരം നാചിതം ശക്േമഹി vidhi shariram ശരീരം ബുദ്ധിം സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേന്ദ്രി ഹയാഹു വിഷയാസ്തോരാൻ manoyuktam ഷിണസ് അയുത്ന മനസ്രിശ്യുഷ്ടാശ്വാ സാരജ്ഞാന മനസഹ്രി വശ്യ സദശ്വാസ സാര വിജ്ഞാനവാൻഭവതിമനസ്കാശുചി നദമാതി സംസാരം ചാധിഗതി സമനസ്കാശുചി സു തത്പദമാതിമാൻഭൂത വിജ്ഞാനസര്യസ്തു മനഃപ്രഗ്രഹവാര ശോധന പരമാപ്പോതി ണോ പരമം പദം ഇന്ദ്രിഭ്യ പരാഹ്യർ അത്ഭ്യം മനഃ മനസ്സു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാന് പര മഹത പരമ്യക്തക്തപുരുഷ പര പുരുഷാന്നിഞ്ചിഷ ഭൂത്തു ഗൂഢോമാന പ്രകാശത്തെ ദർശിതാ ബുദ്ധ്യ സൂക്ഷ്മ സൂക്ഷ്മദർശി യേദ്വാങ് മനസി മഹതി निबोधता कवयो സുരധാരാ നിശിതാദുരയാുർഗം പധസ്തവയോ വദന്തി ശബ്ദ അസ്പർശ്യ തധാരസം നിത്യമാഗന്ത അനദ്യം മഹത പരം ധ്രുവ തന്മൃത്യുഖാ പ്രമുച്യാചിത മൃത്യു പ്രോക്തം സനത ശ്രുവാ ചേധാവീ ബ്രഹ്മലോകേ മഹീയത്തെ ജൈമം പരമം ഗുഹ്യം ശ്രാവസംസ പ്രയത ശ്രാദ്ധകൾപത പതിനാലാമത്തെ മന്ത്രമാണ് ഇന്ദ്രിയം മനസ്സ് എന്ന ക്രമത്തിൽ ഉപസംഹരിച്ച് വിനയിച്ച് ആ പരമാത്മാ പ്രാപ്തിക്കുള്ള ഉപായത്തെയാണ് ഇവിടെ നിർദ്ദേശിച്ചത് ഇവിടെ പറഞ്ഞു ഭാഷകാരൻ അധത്വ ദർശനാർത്ഥം ആ പരമാത്മ ദർശനത്തിന് വേണ്ടി പരമാത്മ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്താണോ ഒരു ജീവൻ ചെയ്യേണ്ടതാണ് അടുത്ത് നിർദ്ദേശിക്കുന്നു ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇവിടെ പറഞ്ഞു എന്താണ് സ്വസ്ഥ പ്രശാന്താത്മാ കൃതകൃത്യോഭവ സ്വരൂപദർശനേന സ്വരൂപദർശനം കൊണ്ട് സ്വസ്ഥനായി പ്രശാന്താത്മാവായി കൃതകൃത്യനായിത്തീരുന്നു അപ്പൊ ആ കൃതകൃത്യനെ കുറിച്ചാണ് കൂടെ വന്നിരിക്കുന്നത് കൃതകൃത്യരായ ഗുരുക്കന്മാർ മിഥ്യജ്ഞാന വിജ വിജംഭിതമായ ലോകത്തെയും ശിഷ്യരെയും ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ വിശദീകരിക്കാം അഥവാ അങ്ങനെ ചെയ്യുന്നവർ കൃതകൃത്യരല്ല എന്ന് വരുമോ അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ് കാരണം കൃതകൃത്യത കൃതം കൃത്യം കൃതം ചെയ്ത് കഴിഞ്ഞൊന്നാണ് കൃത്യം എന്ന് വെച്ചാൽ കർത്തവ്യം കർത്തവ്യം എല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞ ലോകോദ്ധാരകന്മാരായ ഗുരുക്കന്മാർ അവർ വീണ്ടും പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ അവർ കൃത്യകൃത്യരല്ലാത്തത് കൊണ്ടാണോ എന്ന് സംശയിക്കുക അതിന് പറയുന്ന എന്താണ് കാരണം അങ്ങനെ ഇപ്പോ ഇത് ഈ കൃതകൃത്യതയെക്കുറിച്ച് എഴുതിയ ആചാര്യസ്വാമിയുടെ കാര്യം നോക്കിയാൽ ഗ്രന്ഥങ്ങൾ എഴുതി ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് ആശ്രമങ്ങൾ സ്ഥാപിച്ചു ധർമ്മരക്ഷണത്തിന് വേണ്ട എല്ലാ വ്യവസ്ഥകളും ചെയ്തു വെച്ചു അപ്പൊ ആത്മനിഷ്ഠനായ ഒരാൾ വീണ്ടും പ്രവർത്തിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വീണ്ടും പ്രവൃത്തികൾ വരുന്നത് അപ്പൊ അതിന് ഉള്ള സമാധാനം പറയുന്നത് ഈ പറയുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക കൃത കൃത്യത എന്ന് പറഞ്ഞാൽ എന്താണോ കൃത്യം എന്ന് പറഞ്ഞ കർത്തവ്യം കർത്തവ്യം എന്ന് പറയുമ്പോ അവിടെ കർമ്മബാധ്യത ആ വാക്കിൽ തന്നെ ഉണ്ട് വാക്കിന്റെ വിശദീകരണത്തിൽ തന്നെ വാക്കിന്റെ വിത്പത്തിയിൽ തന്നെ വരുന്നത് എന്താണോ കർത്തവ്യം കൃധാതുൽ നിന്ന് തവ്യപ്പെടുത്തുമെന്നാണ് കർത്തവ്യം എന്നുള്ള ശബ്ദം ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ അത് അർഹം ചെയ്യേണ്ടത് ചെയ്തേ എന്ന് നിർബന്ധമുള്ള കാര്യങ്ങളാണ് നമ്മൾ കർത്തവ്യം എന്ന് പറയുന്നത് അതായത് കർമ്മബാധ്യത അതിനാണ് ഈ കർത്തവ്യം എന്ന് പറയുന്ന ശബ്ദം സൂചിപ്പിക്കുന്നത് സാധാരണ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ ഏത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അയാളിൽ കർമ്മബാധ്യത വരും കർമ്മബാധ്യതയുള്ള കർമ്മങ്ങളാണ് അവശന്മാരായി കർമ്മത്തിന് അവശന്മാരായി കർമ്മത്തിന് അധീന അധീനന്മാരായി കർമ്മം ചെയ്യും അതിനാണ് കർത്തവ്യം എന്ന് പറയുന്നത് ആ കർമ്മം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്തൃത്വ ബോധം വരും അത അവർക്ക് തീരും ചുരുക്കി പറഞ്ഞാൽ അജ്ഞാന വിജ്രംഭിതം എന്ന് ഇവിടെ പറഞ്ഞല്ലോ ആ അജ്ഞാന വിജ വിജംഭിതമായിട്ടാണ് കർമ്മം ചെയ്യുന്നത് കർത്തവ്യം എന്ന് പറയുന്നിടത്തല്ലാതെ ഉണ്ടാവും അത് അജ്ഞാനകാര്യമാണ് കർത്തവ്യം എന്ന് പറയുന്നു കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്യുന്നതിന് കർത്തവ്യം എന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് കർത്തവ്യം എന്ന് പറയുന്ന ശബ്ദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഞാൻ എന്ന് പറയുന്നത് നമുക്കറിയാം അജ്ഞാനം നശിച്ചിരിക്കുന്നു അജ്ഞാനകാര്യമായിരിക്കുന്ന ഈ കർത്തവ്യം ഇല്ല ഞാൻ ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാനിയിൽ കർമ്മം ഇല്ല നിലനിൽക്കുന്നില്ല കർത്തവ്യബോധമില്ല എനിക്ക് ചെയ്യേണ്ടതാണെന്നുള്ള ബോധമില്ല കർത്തൃത്വബോധമില്ല അവിടെ അഹന്താപ്രേരിതമായിട്ടുള്ള ഒരു കർമ്മങ്ങളുമില്ല അങ്ങനെ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ആചാര്യസ്വാമികൾ ഗീതയുടെ ഭാഷത്തിൽ ഇക്കാര്യം വ്യടുത്തമായി പറയാൻ വന്നുണ്ട് ഞാനീടെ കർമ്മത്തെ ഒരിക്കലും കർമ്മമായി ഗണിക്കാൻ പാടില്ല പറയുന്നു ജ്ഞാനിയുടെ ജ്ഞാനിക്ക് കർമ്മങ്ങൾ ഒരിക്കലും കർത്തവ്യമല്ല നമ്മൾ ജ്ഞാനികൾ ലോക ഉദ്ധാരണത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളോ ഒന്നും അവരുടെ കർത്തവ്യങ്ങളായി നമ്മൾ എടുക്കരുത് കർത്തവ്യകർമ്മത്തിൽ അഹന്തവരും മമതപരും എല്ലാം വരും ഇപ്പൊ നിസ്സംഗമായി ലോകസംഗ്രഹാർത്ഥം ചെയ്യുന്ന ആ ജ്ഞാനികളെല്ലാം എന്താണ് കൃതകൃത്യന്മാരാണ് അതായത് കർത്തവ്യപൂർവ്വമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം അവർ ചെയ്ത് കഴിഞ്ഞു അജ്ഞാനകാര്യമായിരിക്കുന്ന കർമ്മങ്ങൾ അത് ജന്മാന്തരങ്ങളിലൂടെയോ അതെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞു ഇനി അവർക്കൊന്നും ചെയ്യാനില്ല ഇപ്പൊ അവർ ചെയ്യുന്നതോ അതിനെ നമുക്ക് പറയാം ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞു ഞാൻ കർമ്മ ആഭാസം എന്ന് പറയും അജ്ഞാനികളുടെ ദൃഷ്ടിയിൽ കർമ്മം പോലെ തോന്നുന്നതും പരമാർത്ഥത്തിൽ കർമ്മത്തിന്റെ പട്ടികയിൽ അതിനെ പെടുത്താൻ പറ്റാത്തതുമാണ് അതുകൊണ്ട് ജ്ഞാനികൾ കൃതകൃത്യന്മാരാണ് അവർക്ക് കർത്തവ്യമില്ല പിന്നെ അവരെന്ത് ചെയ്യുന്നു ലോകസംഗ്രഹാർത്ഥം ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ നമ്മൾ കർമ്മങ്ങളായി ഗണിക്കാൻ പാടില്ല അതിന് കർമ്മത്തിന്റെ സ്വഭാവമില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വേറൊരു തരത്തിൽ പറയുന്നത് അവരുടെ പ്രാരബം പ്രാരംഭമനുസരിച്ച് അവർ കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതായത് നമ്മുടെ ദൃഷ്ടിയിൽ ഒരിക്കലും അവർ കൃതകൃത്യല്ലാതെ വരുന്നില്ല ലോക സംരക്ഷണത്തിന് വേണ്ടി ലോകോദ്ധാരകന്മാരായ ഗുരുക്കന്മാരുടെ എല്ലാം കർമ്മങ്ങൾ ആ രീതിയിലാണ് അതുകൊണ്ട് അവരൊരിക്കലും കൃതകൃത്യന്മാരല്ലാതെ വരുന്നില്ല അജ്ഞാനത്തിന് അധീനനായി ചെയ്യുന്ന കൃത്യം കർത്തവ്യമാരിൽ അവർ കൃതകൃത്യർ തന്നെയാണ് അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അത് വ്യക്തമായി മനസ്സിലാക്കണം അതിൻ്റെ സംശയത്തിന്റെ കാര്യമില്ല അത് കർത്തവ്യമല്ല അത് ആ കർത്തവ്യം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തിനാണ് അവിടെ നമ്മൾ പ്രത്യേകം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ കർത്തും അർഹം ചെയ്യാൻ അർഹമായിരിക്കും അത് ചെയ്തേ തീരും അതാണ് കർത്തവ്യം അങ്ങനെ ഒരു ബന്ധം നിർബന്ധം ഒരു ഗുരുവിനില്ല ഒരു ജ്ഞാനിക്കില്ല അതുകൊണ്ട് അവർ കർത്തവ്യമേ ഇല്ല എന്നാലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതാണ് എൻ്റെ വ്യത്യാസം അടുത്ത മറ്റ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് ജ്ഞാനം ആത്മനി എന്ന് ്രഹ്മാകാര വൃത്തിയെയും തംയച്ചേ ശാന്താ ജീവൻ മുക്തിയെയുമാണ് കുറിക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ഇതിനെ വ്യാഖ്യാനിച്ചത് ശങ്കരഭാഷ്യമനുസരിച്ചിട്ടാണ് ശങ്കരഭാഷ്യത്തിൽ ഇങ്ങനെ ഒരർത്ഥം പറയുന്നില്ല മന്ത്ര അർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അർത്ഥങ്ങൾ വരാം അപ്പൊ ഈ അർത്ഥങ്ങളുടെ എല്ലാ ഉദ്ദേശവും തുടങ്ങി ശരിയായ ഒരു തത്വബോധത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരേ മന്ത്രത്തിൽ നിന്ന് പലതരം വ്യാഖ്യാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വ്യാഖ്യാനങ്ങൾ ഒരാൾക്ക് തത്വബോധത്തിന് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യാഖ്യാനത്തെ സ്വീകരിക്കാം ആര് വ്യാഖ്യാനിച്ചാലും അവരവർക്ക് തന്നെ ഒരു വ്യാഖ്യാനം തോന്നുകയാണ് തോന്നുമ്പോൾ അത് തത്വബോധത്തിന് ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വീകരിക്കാം ശ്രീകരിക്കുകയാണെങ്കിൽ പക്ഷെ നമ്മളിവിടെ പറയുന്നത് ശങ്കരഭാഷമനുസരിച്ചാണ് അതിലിങ്ങനെ ഒരു അർത്ഥം പറയാൻ പറ്റത്തില്ല അതായത് ജ്ഞാനം ആത്മനി മഹതീ നിശ്ചയിതെന്ന് പറയുന്നതിന് ബ്രഹ്മകാര പ്രതിയായിട്ടൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല തം നിശ്ചയി ജ്ഞാന സാന്താത്മനി അത് അത് വേണമെങ്കിൽ നമുക്ക് ജീവൻ മുക്തി എന്ന് പറയാം ആ പരമാത്മാവിൽ പരമാത്മനിഷ്ഠയിൽ ഇരിക്കുന്ന ആണല്ലോ ജീവൻമുക്തി അപ്പോൾ അതിന് ജീവൻമുക്തി എന്ന് പറയുന്നതിന് കുഴപ്പമില്ല അതിനു മുമ്പ് പറഞ്ഞ ഭാഗം ജ്ഞാനമാത്മനി മഹതി നിയശ്ചി എന്ന് പറയുന്നത് ഈ ഭാഷ്യ വ്യാഖ്യാന രീതി അനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇവിടെ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് ശുദ്ധവിജ്ഞാനത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു ആ രീതിയിൽ തന്നെ സ്വീകരിക്കുക ഇനി ആ ശുദ്ധവിജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ബ്രഹ്മാകാര വൃത്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാ കുഴപ്പമില്ല അങ്ങനെ എടുക്കാം അപ്പം ഈ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നതിന് തന്നെ ഈ അദ്വൈതാചാര്യന്മാരുടെ അടിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്താണ് അതിൻ്റെ സ്വരൂപം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതുപോലെ അത് വേറെ വിഷയം അപ്പൊ അത് ശാങ്കരഭാഷ്യത്തിനോട് നമ്മൾ യോജിപ്പിച്ചെടുക്കാമെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ആ രീതിയിൽ ഉണ്ടാകാം ആ വിശുദ്ധമായ വിജ്ഞാനത്തെ സമ്പാദിക്കുക എന്നുള്ളതാണ് അതവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാമെങ്കിൽ രണ്ടു ഒന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകരാറൊന്നുമില്ല ഒരു ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ബ്രഹ്മകാര വൃത്തി എന്ന് വ്യാഖ്യാനിച്ചിട്ടില്ല നിശ്ചേത് എന്നതിൻ്റെ ശരിയായ താല്പര്യം ഭാഷ പറഞ്ഞിട്ടുണ്ട് നിശ്ചേത് ഉപസംഹരി ആ ശരിയായ ഇത് ഉപസംഹരിക്കുക എന്നാണ് ഒരു വൃത്തിയെ ഉപസംഹരിക്കാന്ന് പറഞ്ഞാൽ ആ വൃത്തിയെ ഇല്ലാതാക്കുക എന്നർത്ഥം നമ്മൾ പറയാനുള്ള പ്രസംഗം ഉപസംഹരിക്കുന്നു അവസാനിപ്പിക്കുന്നു അപ്പൊ വാഗ് വൃത്തി ഉപസംഹരിക്കുക എന്ന് വെച്ചാൽ ആ വാഗ് വൃത്തി ഇല്ലാതാക്കുക അപ്പൊ മനസ്സിന് വൃത്തിയോടുകൂടിയേ നിൽക്കാൻ പറ്റൂ അപ്പൊ അടുത്ത് മനോവൃത്തിയായി നിൽക്കുക അവിടെ നിന്ന് വിജ്ഞാന അങ്ങനെ അപ്പൊ ഉപസംഹരിക്കുക അവസാനിപ്പിക്കുക ഇല്ലാതാക്കുക എന്നാണ് നിയസിച്ച് എന്ന് പറയുന്നതിന്റെ താല്പര്യം കർണങ്ങളെല്ലാം വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തികൾ ഒന്നും സാധ്യമല്ലല്ലോ അതായത് കർണങ്ങളുടെ വിലയം രണ്ടു തരത്തിൽ സംഭവിക്കാം സ്വരൂപനാശം അരൂപനാശം അങ്ങനെ രണ്ടു തരത്തിൽ പറയുന്നത് നാശം അല്ലെങ്കിൽ വിലയം രണ്ടുതരത്തിൽ സംഭവിക്കണം ഒരു വസ്തു നിലനിൽക്കുക തന്നെ അത് പ്രവർത്തനക്ഷമം അല്ലാതായി തീരുക അത് അതിന്റെ നാശമാണ് ആ വസ്തുവിനെ ഇല്ലാതായി പോവുക അതും അതിന്റെ നാശമാണ് ഒരു തത്വവിജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജഗത് വിസ്മരണം വരുന്ന ഒരവസ്ഥ സംഭവിക്കുക അവിടെ വൃത്തികൾ അതിന്റെ രൂപത്തിൽ പിന്നെ നിലനിൽക്കുന്നില്ല അതാണ് ചിലര് കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അവർ സമാധിയിൽ നിന്ന് ഉണരാതെ ഇരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ജഗത് വിസ്മരണം സംഭവിച്ചു ജഗത്തില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ വൃത്തികൾ തന്നെ നശിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ വൃത്തികൾ അതിന്റെ രൂപത്തെ വിട്ടിരിക്കുന്നു അപ്പോൾ വൃത്തികളുടെ സ്വഭാവം എന്ന് പറയുന്നത് ബന്ധനമാണ് ആ ബന്ധന സ്വഭാവത്തെ വിട്ടിട്ട് അത് നിലകുക അതാണ് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ ലോകക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന ഗുരുക്കന്മാർക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജഗത് വിസ്മരണം സംഭവിച്ചിട്ടില്ല ജഗത്ത് മുമ്പിലുണ്ട് പക്ഷെ അതവരെ ബന്ധിക്കുന്നില്ല വൃത്തികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്തിന് അങ്ങനെ ഒരവസ്ഥയിൽ കാമക്രോധാദി വൃത്തികൾ പോലും നനകാം എന്നാണ് പറയുന്നത് പ്രാരബ്ധരൂപം ഏത് വൃത്തി വന്നാലും ശരി ആ ഒരു വൃത്തികളും അവരെ ബന്ധിക്കുന്നില്ല ബന്ധിക്കാതെ നനകുന്നു അപ്പോൾ സ്വരൂപേണ നശിക്കാതിരിക്കുന്നു ആ രൂപങ്ങളെല്ലാം നനകുന്നു അങ്ങനെ നിന്നാലേ പ്രപഞ്ച വ്യവഹാരം സാധ്യമാകും മറ്റൊരവസ്ഥയിൽ അങ്ങനെ നമ്മൾ സമാധി എന്ന് മറ്റും പറയുന്നു ആ എല്ലാം വിലയിച്ചു പോകുന്നു അവർ പ്രപഞ്ച സ്മൃതിയില്ല പ്രപഞ്ചബോധമില്ലാതിരിക്കുന്നു അപ്പം ഈ രണ്ടു തരത്തിലും സംഭവിക്കാം അപ്പ ഇതെല്ലാം വിളയിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി സാധ്യമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ആ വൃത്തികൾ അതിൻ്റെ സ്വരൂപത്തോടുകൂടി നശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രവൃത്തി സാധ്യമല്ല വ്യവഹാരം നടക്കുന്നില്ല അല്ലാ വൃത്തികളെല്ലാം നനകയാണ് പ്രപഞ്ചബോധത്തോടു കൂടിയിരിക്കുകയാണെങ്കിൽ അത് നാശം തന്നെയാണ് പൂർണമായ നാശമാണ് ഇത് രണ്ടും പൂർണമായ നാശമാണ് രണ്ടാമതിന് പറയുന്നതാണ് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബാധിത അനുവർത്തി തത്വബോധം കൊണ്ട് നശിച്ച് വീണ്ടും അത് കാണുന്നു അതിനു നേരത്തെ ഞാൻ പറഞ്ഞു കർമാഭാസം എന്ന് പറഞ്ഞു വാസ്തവത്തിലവിടെ കർമ്മമില്ല പക്ഷെ കർമ്മം പോലെ തോന്നിക്കുന്നു അതുകൊണ്ട് ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല ഒരു വസ്തുവിനങ്ങനെ രണ്ട് തരത്തിൽ നാശം സംഭവിക്കാം അതിൻ്റെ രൂപം അങ്ങനെ നിലനിൽക്കുന്നു പക്ഷെ അതിന് പ്രവർത്തന ശക്തിയില്ല അതിനാണ് ദഗ്ധ പടന്യായം എന്നും മറ്റും പറയുന്നു വസ്ത്രം കരിച്ചു കഴിഞ്ഞാൽ വസ്ത്രം കരിഞ്ഞു പോകുന്നു പക്ഷേ അതിൻ്റെ ആ രൂപം അങ്ങനെ തന്നെ നിൽക്കും വസ്ത്രത്തിന്റെ രൂപം അങ്ങനെ തന്നെ നിൽക്കുന്നു വസ്ത്രം കൊണ്ട് ചെയ്യാമെന്നുള്ള ഒരു കാര്യവും അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എടുത്ത് മുടുക്കുന്നതിന് കഴിയത്തില്ല വസ്ത്രത്തിൽ കാരണം അതുവരും ഭസ്മമാണ് പക്ഷേ നോക്കി കഴിഞ്ഞാൽ വസ്ത്രം പോലെ ഇരിക്കും വസ്ത്രത്തിന്റെ രൂപം അതിന് കാണും ആ വസ്ത്രം കൊണ്ട് വസ്ത്രം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വസ്ത്രമായിട്ട് നമ്മൾ കാണും ഇങ്ങനെ കാണുന്ന അവസ്ഥയിൽ ഞാനിക്ക് പ്രപഞ്ചപഹാരങ്ങളെല്ലാം ആകാം ഇനി ചില വസ്തുക്കൾ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ ശേഷിക്കുന്നില്ല കർപ്പൂരം എടുത്ത് കത്തിക്കും കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും കാണുന്നില്ല അതുപോലെ ഒന്നും പൂർണ്ണമായും നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ആ ഞാൻക്ക് വ്യവഹാരമില്ല പൂർണ്ണമായ വ്യവഹാര വിമുക്തി അവിടെ സംഭവിക്കുന്നു കാരണം അവിടെ പ്രപഞ്ചഭാനം ഇല്ല ഒരിടത്ത് പ്രപഞ്ചഭാനമുണ്ട് മറ്റിടത്ത് പ്രപഞ്ചഭാനമില്ല അപ്പൊ ഈ രണ്ടും നാശം തന്നെയാണ് ആത്യന്തികമായ നാശം തന്നെയാണ് അതുകൊണ്ട് തന്നെ ചിലടത്ത് ഞാൻ എനിക്ക് പ്രാരബ്ധണ്ടെന്നും വേറെടുത്ത് ഞാൻ പ്രാരബ്ധില്ലെന്നും എല്ലാം പറയും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെയുള്ള വിരുദ്ധങ്ങളെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പ്രാരബ്ധനു പ്രാരം ഇവിടെ നനക്കൊന്നുമില്ല ഞാനിക്ക് എന്താ പ്രാരബ്ധം ഒന്നുമില്ല വേറെടുത്ത് പറയും ഞാനീ ആയിട്ടും പിന്നെ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു അത് അയാളുടെ പ്രാരബ്ധമാണ് എന്നും പറയും ഈ രണ്ട് തത്വങ്ങളും പരസ്പര വിരുദ്ധങ്ങളല്ല ഇത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് രണ്ടും പറയുന്നത് പിന്നെ ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് ഇത്തരം വിശദീകരണങ്ങളെല്ലാം പറയുന്നത് അതിനാരോപിത ദൃഷ്ടി എന്ന് പറയും കാണുന്നവൻ കൽപ്പിക്കുന്ന അവന്റെ ഭാവനകളനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഇതൊന്നും സ്വരൂപദൃഷ്ടിയിലല്ല സ്വരൂപദൃഷ്ടി എന്ന് പറയുമ്പോൾ ആത്മ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് പിന്നെ ഇതൊന്നുമില്ല ഇത്തരം വിശദീകരണങ്ങളൊന്നും ഇല്ല പ്രപഞ്ചം ഭാസിക്കുന്നുണ്ടോ പ്രപഞ്ചം ഭാസിക്കുന്നില്ലയോ ഇത്തരം വികല്പങ്ങളൊന്നും അവിടെയില്ല അപ്പോൾ നമ്മൾ കാര്യങ്ങൾ സാധാരണ ചിന്തിക്കുന്ന ആരോപിത ദൃഷ്ടിയിലാണ് നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വാസനയ്ക്കും അനുസരിച്ച് ജ്ഞാനിയുടെ സ്വരൂപത്തെ നിർണ്ണയം ചെയ്യുന്നു ജ്ഞാനത്തിന്റെ സ്വരൂപത്തെ നിർണ്ണയം ചെയ്യുന്നു ഇതെല്ലാം ആരോപിത ദൃഷ്ടി ചെയ്യുന്നതാണ് ഇത് നമ്മുടെ കല്പനകള് നമ്മുടെ ഭാവനകൾ എല്ലാം അതിനകത്തുണ്ട് ഇനി ആ ഇത്തരം ഇതെല്ലാം വിട്ടിട്ട് ആത്മ സ്വരൂപദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ ആത്മ സ്വരൂപത്തെ മാത്രം ചിന്തിച്ചു കൊണ്ട് അതെന്താണ് നിർഗുണം നിഷ്ക്രിയം ശാബ്ദം നിരവധ്യം സനാതനം ഈ രീതിയിൽ ചിന്തിച്ച് പറയുകയാണെങ്കിൽ സ്വരൂപ ദൃഷ്ടി പറയുകയാണെങ്കിൽ പിന്നെ ഒന്നുമില്ല ഈ പറയുന്ന ഒരു വിശദീകരണങ്ങളും പിന്നെ അവിടെ ആവശ്യമില്ലാതെ വരുന്നു അപ്പോൾ ഈ രണ്ട് രീതിയിലും ശാസ്ത്രം ഇതിന് വിശദീകരിക്കുമ്പോൾ നമുക്ക് രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലയിടത്തും പരസ്പരം വിരുദ്ധങ്ങളെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ വരും അപ്പോൾ ഇങ്ങനെ രണ്ടു തരത്തിൽ ചിന്തിക്കാം പറയാം നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാം എന്ന് മനസ്സിലാക്കിയിരുന്നാൽ അവിടെ വൈരുദ്ധ്യമൊന്നും തോന്നത്തില്ല അതുകൊണ്ട് കർണങ്ങൾ വിലയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ സാധ്യമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ആണോ എന്ന് ചോദിച്ചാൽ ആണ് രണ്ടുത്തരും പറയാം ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇത് മറ്റൊരു കാര്യം ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഒരു ഞാന് പ്രവർത്തിക്കുന്നു നമ്മൾ പറയുന്നു ഞാന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയുമായിട്ട് ഞാനിയുടെ പ്രവൃത്തിയെ താരതമ്യപ്പെടുത്തിയിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാന് പ്രവർത്തിക്കുന്നു ആ ഞാനിയുടെ നിലയിലാണെങ്കിലോ അവിടെ പ്രവൃത്തിയില്ല ഭഗവാൻ തന്നെ പറയില്ല യശൻ അഹങ്കൃതോ ഭാവ് ബുദ്ധൻ യസ്യൻ അനുപ്യത അഹങ്കൃതോ ഭാവം പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അഹങ്കൃത ഭാവത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നവനാണെന്നുള്ള ഭാവത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ആര് പ്രവർത്തിച്ചാലും അതിനെ എൻ്റെ പ്രവൃത്തിയുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുന്നു പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ബോധം വേണു അഹങ്കൃതമായ പ്രവർത്തിക്ക് യശ എന്ന അഹങ്കൃതോഭാവം ആർക്കാണോ അഹങ്കൃതഭാവം ഇല്ലാത്തത് അവിടെ പിന്നെ പ്രവൃത്തി നടക്കുന്നു എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കർമ്മി അകർമ്മയെ പശ്യ വേറെടുത്ത് പറയുന്നുണ്ടെന്ന് കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നുണ്ടോ എന്നു വെച്ചാൽ കർമ്മത്തെ അവിടെ കാണുന്നുണ്ട അങ്ങനെ കാണുന്നിടത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കും നടക്കുന്നുണ്ടല്ലോ അപ്പൊ കർണങ്ങൾ വിലയിച്ചു കഴിഞ്ഞാൽ മുക്തനിൽ പ്രവർത്തനം എങ്ങനെ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മണ്യ അകർമ്മ എന്നുള്ള രീതി ചിന്തിക്കുക അവിടെ അകർമ്മമാണ് മുക്തനിൽ പ്രവർത്തനം നടക്കുന്നേയില്ല അതാണ് അതിന്റെ പരമാർത്ഥം കർണങ്ങൾ വിലയിച്ചോ ഇല്ലയോ വിലയിച്ചാലും ഇല്ലെങ്കിലും അവിടെ കർമ്മങ്ങൾ നടക്കുന്നതേയില്ല പരമാർത്ഥത്തിൽ അതാണ് പരമാർത്ഥം അപ്പൊ പിന്നെ എങ്ങനെ കർമ്മം നടക്കുമെന്നുള്ള ഒരു ചോദ്യമേ അവിടെ ഊദിക്കുന്നില്ല പരമാർത്ഥത്തിൽ ഒരിടത്തും കർമ്മം നടക്കുന്നില്ല അതാണ് മുക്തി എന്ന് പറയുന്നത് അജ്ഞനിലും മുക്തനിലും ഒരിടത്തും കർമ്മമേ നടക്കുന്നില്ല പരമാത്മാവിൽ കർമ്മം നടക്കാൻ സാധ്യതയില്ല അതാണ് അതിൻ്റെ പരമാർത്ഥം പ്രചോദിക്കുന്ന ആത്മതത്വം പ്രകാശിക്കുന്നത് ബുദ്ധിയിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഹൃദയത്തിനുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിനും ബുദ്ധിക്കും നങ്കൽപ്പിക്കുന്ന ശാരീരികമായ സ്ഥാനങ്ങൾ ഉള്ളതാണോ അത് രണ്ടും ഒന്നിൻ്റെ തന്നെ പരിണിത രൂപങ്ങളാണോ ആധ്യാത്മിക ജീവിതത്തിന് ഹൃദയത്തിനും വളരെ പ്രാധാന്യമുള്ളതായി പറയുന്നുള്ളൂ ഒരേ കാര്യങ്ങൾ തന്നെ പല സന്ദർഭങ്ങളിൽ ഒരേ ശബ്ദം തന്നെ പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു നമ്മളിതിനെ കൂടെ കണ്ടിട്ടുണ്ട് ആത്മാ എന്ന് പറയുന്ന ശബ്ദം ചിലടത്ത് ഇന്ദ്രിയം എന്നുള്ള അർത്ഥത്തിൽ ചിലയിടത്ത് ശരീരം എന്നുള്ള അർത്ഥത്തിൽ ചിലയിടത്ത് ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ചിലയിടത്ത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാം പ്രയോഗിക്കും അതുപോലെ ഈ ഹൃദയം ബുദ്ധി എന്നെല്ലാം പറയുന്ന ശബ്ദങ്ങൾ ഇവിടെയുമ്പോൾ ദൃശ്യതയേതു അഗ്രിയ ബുദ്ധിയുടെ ആ ബുദ്ധി ഹൃദയം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അവിടെ നമ്മളെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്ന തത്വം എന്തെന്ന് മനസ്സിലാക്കിയാൽ മതി അതിസൂക്ഷ്മമായ ബുദ്ധി അത് നമ്മൾ വിശദീകരിച്ചതാണ് ആ അതിസൂക്ഷ്മമായ ബുദ്ധിയെ ഹൃദയം എന്നുള്ള ഒരു ശബ്ദം കൊണ്ട് പറയുന്നതിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ ചിലടത്ത് ഹൃദയവും ബുദ്ധിയും തമ്മിൽ വേഴ്തിച്ച് പറയും അങ്ങനെ വേഴ്തിരിച്ച് പറയുന്നത് ഇപ്പോൾ അവിടെ ആ രണ്ട് ശബ്ദത്തിനും വെവ്വേറെ അർത്ഥങ്ങളായിരിക്കും അങ്ങനെ വേറെ അർത്ഥ സ്വീകരിക്കുന്നിടത്ത് വേർതിരിച്ചു പറയും പക്ഷേ ഇത്തരം ഭാഗങ്ങളിൽ ഏത് ശബ്ദം ഉപയോഗിച്ചാലും കുഴപ്പമില്ല സൂക്ഷ്മമായ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നുവെന്നും പറയാം ആ ശബ്ദത്തിനല്ല അവിടെ പ്രാധാന്യം അതിന്റെ താല്പര്യത്തിനാണ് അവിടെ അതുകൊണ്ട് ആത്മതത്വം പ്രകാശിക്കുന്നത് ബുദ്ധിയിലാണെന്ന് പറയുന്നതിന് പേരാ പറഞ്ഞാലും അവിടെ അർത്ഥവ്യത്യാസം ഇന്ന് രണ്ടു ഒന്ന് തന്നെയാണ് ഹൃദയത്തിനും ബുദ്ധിക്കും ശാരീരികമായ സ്ഥാനം ശരീരത്തിൽ മനസ്സിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ പൊതുവെ പറയുന്നത് ഇവിടെ ഈ അദ്വൈത ശാസ്ത്രങ്ങളിലും മറ്റും പറയുന്ന അതിൻ്റെ അഭിവ്യക്തി സ്ഥാനം ായിട്ട് ഹൃദയത്തെ പറയുന്നു പക്ഷെ ആ ഹൃദയം എന്ന് പറയുന്നത് ചില ഭാഗത്ത് പറയും ഹൃദയം എന്ന് പറയുന്നത് കൊണ്ട് ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന മാംസപുണ്ഡത്തെ തന്നെ ചിലത് പറയുന്നുണ്ട് ഹൃദയം എന്ന് പറയുന്നുണ്ട് അതിനെ നിർദ്ദേശിക്കുന്നത് ഭ്രൂമദ്യത്തെ നിർദ്ദേശിക്കുന്നതുപോലെ തന്നെ ഉപാസനയ്ക്കുള്ള ഒരു സ്ഥാനമായിട്ടാണ് മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിനുള്ള ഒരു സ്ഥാനമായിട്ട് ഹൃദയത്തെ നിർദ്ദേശിക്കുന്നുണ്ട് ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കാൻ പറയും മൂർധാവിൽ ധ്യാനിക്കാൻ പറയും അതുപോലെ അല്ലെങ്കിൽ ശരീരത്തിൽ ചക്രങ്ങളിൽ ധ്യാനിക്കാൻ പറയും അതുപോലെ ഈ ഹൃദയത്തിനും അത് അദ്വൈതപരമായി അതിനെ വ്യാഖ്യാനിക്കുന്നത് അത് ഉപാസനയ്ക്കുള്ള ഒരു സ്ഥാനമാണ് ഹൃദയത്തെ നിർദ്ദേശിക്കുന്നുണ്ട് അത് അങ്ങനെ നിർദ്ദേശിക്കാൻ കാരണം വ്യാവഹാരികമായ ഇതിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ഈ ഹൃദയസ്പന്ദനത്തിന് ആശ്രയിച്ചിട്ട് അപ്പൊ അത് നമുക്ക് പ്രത്യക്ഷമായി കാണാവുന്ന ഒരു സ്ഥാനമാണ് അപ്പോൾ ആ ഹൃദയസ്പന്ദനത്തിനനുസരിച്ച് ജീവൻ ശരീരത്തിന് നിലനിൽക്കുന്നതായിട്ടാണ് നമ്മുടെ വ്യാവഹാരികമായ ബുദ്ധിയിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഹൃദയത്തിന് ഈ ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്നു എന്നുള്ള രീതിയിൽ ഹൃദയത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ീ ഹൃദയത്തിൽ തന്നെ ധ്യാനിക്കാൻ പറയും അത് ധ്യാനത്തിന് വേണ്ടി ഒരു സ്ഥാനത്തെ നിർദ്ദേശിക്കുന്നതാണ് ഏതുപോലെ ബാഹ്യമായി ഒരു പ്രതിമയിൽ വിഷ്ണുവിനെ ധ്യാനിക്കാൻ നമ്മോട് പറയുന്നതുപോലെ ആത്മാവിനെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറയും അത് ഉപാസനയ്ക്കുള്ള ഒരു ആലംഭം ഒരു പ്രതീകം നിലയ്ക്ക് ഹൃദയത്തെ പക്ഷേ താത്വികമായ വിശദീകരണങ്ങളിൽ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിൽ സൂക്ഷ്മമായ ബുദ്ധി എന്ന് പറയുമ്പോൾ അന്ധകരണത്തിന്റെ തന്നെ അതിസൂക്ഷ്മമായ പരിണാമം പറഞ്ഞു ബ്രഹ്മാകാര വൃത്തിയും ഹൃദയം ബുദ്ധി അഗ്ര സൂക്ഷ്മമായ ബുദ്ധി എന്നെല്ലാം പറയാം അതിനെയാണ് അവിടെ പറയുന്നത് അപ്പൊ ഹൃദയ മനസ്സുകൾക്ക് ബുദ്ധിക്ക് എല്ലാം ഇപ്പോൾ അന്ധക്കരണം ഒന്നാണ് പക്ഷെ അതിന് ചില സന്ദർഭത്തിൽ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നെല്ലാം വേർതിരിച്ച് പറയാറുണ്ടല്ലോ അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഹൃദയത്തെയും മനസ്സിനെയെല്ലാം വേർതിരിച്ച് പറയും ബുദ്ധിയെല്ലാം ചെറുത്തതെല്ലാം ഒന്നായിട്ടും പറയാം അത് സന്ദർഭമനുസരിച്ച് അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടു ഒന്നിന്റെ തന്നെ പരിണത രൂപങ്ങളാണോ ആണ് ഒന്ന് തന്നെയാണ് ഇത് രണ്ടായിട്ടും രണ്ട് ഭാവത്തിലിരിക്കുന്നത് ഹൃദയമായിട്ട് മനസ്സിന്റെ പൊതുവെ സാധാരണ രീതിയിൽ മനസ്സിന്റെ ഏറ്റവും അന്ധകരണത്തിന്റെ തരളമായ ഭാവങ്ങൾ അതിനെ ഹൃദയമെന്ന് പറയും അതിൻ്റെ തീക്ഷ്ണമായ ഭാവത്തെ ബുദ്ധിയെന്ന് പറയും അങ്ങനെ പറയാറുണ്ട് അതെല്ലാം സാധാരണ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളാണ് ഒന്നിൻ്റെ തന്നെ ഇത് പരിണാമങ്ങളാണ് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഹൃദയത്തിന് വരുന്ന ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഉപാസനയ്ക്ക് ഒരാലംബമായിട്ട് ഇവിടെ അതിനെ നിർദ്ദേശിക്കുന്നു ഇതിൽ തന്നെ പറയും അങ്കുഷ്ടമാത്ര പുരുഷ മധ്യ ആത്മനിധിഷ്ഠത എന്ന മറ്റും പറയും ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയത്തിൽ അതായത് നമ്മൾ ദേവതയെ ഉപാസിക്കുന്നു ഏറ്റവും പവിത്രമായ സ്ഥാനങ്ങളിലാണ് അതിനുപാസിക്കാൻ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു ക്ഷേത്രത്തിന്റെ ഉള്ളിലും മറ്റും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള പവിത്രമായ ഒരു സ്ഥാനമാണ് ഹൃദയം അവിടെ ആത്മാവിനെ ധ്യാനിക്കാൻ പറയുന്നു അത് ആ സ്ഥാനത്തിന് മഹത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ ഹൃദയത്തിനും സ്ഥൂരമായ ഹൃദയത്തിനു പോലും ആധ്യാത്മിക ശാസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് ഈ ജീവശാസ്ത്രപരമായ അതായത് ശരീരശാസ്ത്രപരമായൊരു പ്രാധാന്യമല്ല മറിച്ച് ആധ്യാത്മികമായൊരു പ്രാധാന്യമാണ് അവിടെയുള്ളത് അടുത്ത മന്ത്രത്തിൻ ഇവിടെ പറയുന്നത് കൃതകൃത്യനായി തീരുന്നതിനുള്ള ഒരാൾ എന്ത് ചെയ്യണോ ഒരു ജീവൻ എന്ത് ചെയ്യണോ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് അനാദ്യ വിദ്യാപ്രസുക്ത ഹേ ജന്തവ ആത്മജ്ഞാന അഭിമുഖാഹത അതിന്റെ ഭാഷ്യമാണ് ഉള്ളതിന്റെ ഭാഷ്യമാണ് അവിടെ പറയുന്നത് അനാദ്യ അവിദ്യ പ്രസുപ്താഹ അനാദ്യ അനാദി അവിദ്യയിൽ പ്രസുപ്താഹ ഗാഠമായി ഉറങ്ങിക്കിടക്കുന്നവരെ ഹേ ജന്തവ അലയോ ജീവന്മാരെ ജന്തു ജീവൻ ജന്തവ ജീവന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഹേ എന്ന് അല്ലയോ ജീവന്മാരെ ഉണ സം വാക്കിന്റെ അർത്ഥം എഴുന്നേൽക്കൂ എന്നാണ് ഇവിടെ ഈ ആത്മീയ സന്ദർഭത്തിൽ അതിന്റെ വ്യാഖ്യാനം എന്താണ് ആത്മജ്ഞാനിമുഖാഹവ്ഞാനിമുഖം ആത്മജ്ഞാന ആഭിമുഖ്യം ഉള്ളവരായി തീരൂ എന്നാണ് ആത്മജ്ഞാനോന്മുഖമാകുക നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ആത്മജ്ഞാനത്തിനോട് ആഭിമുഖ്യം അതാണ് ഉത്ഷ്ഠത എന്ന് പറയുന്നതിന് ഭാഷികകാരം കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം എന്ന് വെച്ചാൽ മനുഷ്യൻ ജന്തുക്കൾ ജീവന്മാരെല്ലാം വിഷയാഭിമുഖ്യമുള്ളവരാണ് അവരുടെ മനസ്സ് വിഷയോന്മുഖമാണ് അത് മാറ്റി ആത്മജ്ഞാനത്തിന് വേണ്ടി ആ മനസ്സിൽ ആഭിമുഖ്യം ഉണ്ടാകട്ടെ ഉണ്ടാകണം എന്ന ശ്രുതി ഇവിടെ നിർദ്ദേശിക്കുകയാണ് അതാണ് ഉത്തിഷ്ഠത എന്ന് പറയുന്നതിന് വ്യാഖ്യാനം ആത്മജ്ഞാനാഭിമുഖ്യം ഉണ്ടാകട്ടെ ജാഗ്രത അടുത്തത് അപ്പൊ ഉത്തിഷ്ഠതയുടെ വ്യാഖ്യാനം കഴിഞ്ഞു ജാഗ്രത എന്ന് പറയുന്നു അജ്ഞാനനിദ്രായ ഘോരൂപായ സർവ അനർത്ഥ ബീജഭൂതായ അക്ഷയമുഗുരുതാണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ എൻ്റെ സാധാരണ ഉണരുവ് ഉണരു എന്ന് പറയുന്നതിന് വേറെ അർത്ഥം എന്താണ് ഉറക്കത്തെ ഇല്ലാതാക്കൂ ഉണരു എന്ന് പറയുന്നതിന് ഉറക്കത്തെ ഇല്ലാതാക്കുകയാണ് കാരണം ഉണർവ് എന്ന് പറയുന്നിടത്ത് നമുക്ക് കർത്തവ്യമില്ല അവിടെ ഒരു പ്രവൃത്തി സംഭവിക്കുക എന്ന് പറയുന്നത് ആ ഉറക്കത്തിന്റെ നാശമാണ് സംഭവിക്കുന്നു ഉണർവ് എന്നു പറയുന്ന പ്രകാശത്ത് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ ഉറക്കത്തിൽ നിന്ന് തന്നെ ഉണരുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണരുകയാൽ ഉണരുന്നു ആ ഉണർച്ച കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അജ്ഞാനനിദ്രായാഹ അജ്ഞാനനിദ്ര ഘോരരൂപായാഹ അതുപോലെ ഘോരമാണ് ഈ സംസാരത്തെ അത് സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് അതിനെ ഘോരമെന്ന് വിശേഷിപ്പിച്ചത് സർവ അനർത്ഥബീജൂതായ സർവ അനർത്ഥങ്ങൾക്കും ബീജഭൂതമായിരിക്കുന്നു കാരണരൂപത്തിലിരിക്കുന്നു സർവാനർത്ഥങ്ങൾ സർവ്വദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന അജ്ഞാനനിദ്രയുടെ ക്ഷയം ഗുരുത ക്ഷയിപ്പിക്കൂ അത് നശിപ്പിക്കൂ എന്നാണ് ആത്മജ്ഞാനത്തോട് ആഭിമുഖ്യമുള്ളവരായി അജ്ഞാനത്തെ നശിപ്പിക്കൂ എന്നാണ് അതാണ് ഒത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്ന പദങ്ങൾക്ക് ഇവിടെ ഭാഷകാരം കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഇതിൽ ഇത് ശ്രുതി കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് സർവ്വ ജീവന്മാർക്കും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെ പറയുന്നതാണ് പരാഞ്ചി ഖാനിം വ്യത് സ്വയംഭൂ ഈ പരമാത്മാവ് ജീവന്മാരെ സൃഷ്ടിച്ചപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളെ ബഹുർമുഖങ്ങളാക്കി സൃഷ്ടിച്ചു അങ്ങനെ ബഹുർമുഖങ്ങളായതുകൊണ്ടവർ ബാഹ്യ വിജ്ഞാനത്തിലും ബാഹ്യപ്രവൃത്തികളിലും ഏർപ്പെട്ട് അതിൽ നിന്നുണ്ടാകുന്ന ലൗകിക സംസ്കാരത്തോടുകൂടിയാണ് ജീവൻ ഈ സംസാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് ഈ പറയുന്ന ആത്മജ്ഞാന ആഭിമുഖ്യം ഇല്ലാതിരിക്കും അജ്ഞാന നിദ്രയിലാണ് ഉറങ്ങി കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്തുന്നത് ശ്രുതി ഉണർന്നിരിക്കുന്ന ജീവന്മാർ പക്ഷെ അവർ അജ്ഞാന നിദ്രയിലാണ് അവരെ വിളിച്ചുണർത്തുകയാണ് നിങ്ങൾ ഇതിനോട് ആഭിമുഖ്യമുള്ളവരായി തരുക എന്നാണ് ശുഭേച്ഛ എന്നെല്ലാം പറയുന്നത് അപ്പൊ അതൊരു തുടക്കമാണ് ആഭിമുഖ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിലൊരു രുചി താല്പര്യം അതുണ്ടാക്കുക എന്നുള്ളതാണ് അത് അന്ന ജന്മങ്ങളുടെ സുഹൃതം കൊണ്ട് പുണ്യം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഉണ്ടാകത്തു ഇത്തരം ഒരു താല്പര്യം മനസ്സിൽ അതുണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത് പറയുന്നത് എന്താണ് ഉണരുവെന്ന് പറയുന്നത് ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ട് അല്ല സാധാരണ ഉണർത്തുന്നത് ഉണർത്തിയിട്ടാണ് എഴുന്നേപ്പിക്കുന്നത് ഇവിടെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തിഷ്ഠത ജാഗ്രത എന്നാണ് നടക്കുന്നതിൽ നിന്നും വിപരീതമൊന്നും തോന്നത്തക്ക രീതിയിൽ പറയുക നമ്മളൊരാളാദ്യം ഉണർത്തുന്നു പിന്നീട് അയാളോട് എണീക്കാൻ പറയുന്നു ശ്രുതി വിപരീത ക്രമമാണ് സ്വീകരിച്ചിരിക്കുന്നത് ആദ്യം ഉത്തിഷ്ഠത എഴുന്നേൽക്കാൻ പറഞ്ഞു രണ്ടാമത് ഉണരാൻ പാ അതുകൊണ്ടാണ് ഭാഷകാരതിന് അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചത് ഉത്തഷ്ഠത എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആഭിമുഖ്യമാണ് മനസ്സിൻ്റെ ആത്മീയതയോടുള്ള അല്ലെങ്കിൽ ആത്മജ്ഞാന സമ്പാദനത്തിനുള്ള താൽപര്യം മതം മനസ്സിലുണ്ടാക്കുണ്ടാക്കണം ഉണ്ടാകണം എന്നാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പറയുന്ന ഈ ജാഗ്രത അജ്ഞാനനാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പിന്നീടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യത്തിലെത്തുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അജ്ഞാനത്തെ നശിപ്പിക്കാൻ നമുക്കൊന്നേ ചെയ്യാൻ പറ്റൂ എന്താണ് ജ്ഞാനത്തെ കൊണ്ടുവരിക മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേറെ യാതൊരു ഉപായവും ഇല്ല ഇരുട്ടിനെ നശിപ്പിക്കുന്നതിനൊരൊറ്റഴിയുള്ളൂ വെളിച്ചത്തെ കൊണ്ടുവരുക വേറെ ഒന്നുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല വെളിച്ചമെന്ന് പറയുന്നത് ആന്തരികമായ വെളിച്ചം ആന്തരികമായ ഉണർവ് അതാണ് വെളിച്ചം എന്ന് പറയുന്നത് ഇപ്പൊ ജാഗ്രത എന്ന് പറയുന്നതിന് ആത്മീയമായ സന്ദർഭത്തിൽ ഉള്ള അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നതാണ് ആന്തരികമായ ഉണർവ് ആത്മജ്ഞാനത്തോട് ആഭിമുഖ്യമുണ്ടായി ഉണ്ടാകുന്ന ഒരാള് സദാ ജാഗ്രത ആയിരുന്നുണ്ടെങ്കിൽ സദാ അയാൾ ആന്തരികമായ ഉണർവിനെ വെളിച്ചത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല സമ്പൂർണമായ ഈ പ്രയത്നക്ഷയം അജ്ഞാനക്ഷയം അയാൾ സംഭവിക്കത്തില്ല അതുകൊണ്ട് ഈ യാത്രയിൽ ഉടനീളം ആത്മീയമായ ആഭിമുഖ്യം സമ്പാദിച്ച് ഈ ആത്മീയമായ യാത്രയിൽ ലക്ഷ്യത്തിലെത്തുന്നതുവരെ അയാൾ പരമജാഗ്രത്തിൽ സ്ഥിതി ചെയ്യണം എന്നാണ് അതാണ് ഇവിടെ സ്ഥിതി രണ്ടാമത് പറഞ്ഞത് എഴുന്നേൽക്കൂ അത് കഴിഞ്ഞിട്ട് ഉണരു എന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും വലിയൊരു സാധന പറയുന്നത് നമ്മുടെ എല്ലാ സാധനങ്ങളും പരമമായൊരു സാധനം ഇതാണ് നിരന്തര ഈ ജാഗ്രത് അവസ്ഥ കാരണം ആഭിമുഖ്യം എന്ന് പറയുന്നത് പൂർവ്വ സുഹൃദം കൊണ്ടൊരു വ്യക്തിയിൽ ഉണ്ടാകാം പക്ഷെ ആഭിമുഖ്യം ജാഗ്രത ഉള്ളിലില്ലെങ്കിൽ അത് നശിച്ചു പോകും ഒരു തീപ്പൊരി അത് വലിയൊരു അഗ്നിയായി മാറാം പക്ഷെ അത് നശിച്ചു ഒന്നും അല്ലാതെയായിത്തീരാം അഗ്നിന്റെ സ്വഭാവമാണ് അത് കത്തിപ്പടർന്ന് വലുതാകുക എന്ന് പറയുന്നത് പക്ഷെ അത് വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും അതിന് പടരുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് പടർന്ന് വലിയ തേജോ ഗോളമായിത്തീരും അല്ലെങ്കിൽ അത് വരും ഭസ്മമായി ചാരമായി പോയി അത് തന്നെയാണ് ഇവിടുത്തെ ആഭിമുഖ്യവും തുടർന്നു വരുന്ന ജാഗ്രതയും തമ്മിലുള്ള ബന്ധം ആ ജാഗ്രത നമുക്ക് നിരന്തരം നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആത്മീയ ജീവിതം ഒരു പരാജയമായി ആധ്യാത്മികമായ താല്പര്യങ്ങളിൽ ഉണ്ടായി ഗുരുവിനെ അന്വേഷിച്ചു ഗുരുവിന്റെ സമീപത്തിലെത്തി ആശ്രമത്തിൽ താമസിച്ചു എന്നെല്ലാം പറഞ്ഞ് അതുകൊണ്ടൊരാള് രക്ഷപ്പെട്ടുകൊടണോന്നൊന്നുമില്ല രക്ഷപ്പെടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ നിർബന്ധമല്ല തീർച്ചയായും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ നിരന്തര ജാഗ്രത ശ്രുതി പറയുന്നു ഈ ജാഗ്രത അയാൾ പുലർത്തിയേ പറ്റൂ അയാളുടെ പക്ഷത്തുനിന്ന് ചെയ്യേണ്ട കാര്യം ഇവര് ജീവന്റെ പക്ഷത്തുനിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിരന്തരമായ ആ ജാഗ്രത നടത്തുക ആ ജാഗ്രതയെക്കുറിച്ച് സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായി വേണ്ടത് താനിന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ള ജാഗ്രത ആത്മീയമായ മാർഗത്തിൽ താനിന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ള ഇത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ജാഗ്രത വേണം ഉണർവ് വേണം ആത്മബോധമായ വേണം തന്നെ കുറിച്ചുള്ള ബോധം താനിന്ന് എവിടെയാണ് നിൽക്കുന്നത് അതിനെക്കുറിച്ച് നിർദാക്ഷിണ്യമായ ബോധം വേണം എന്ന് പറഞ്ഞാൽ തൻ്റെ പോരായ്മകളെക്കുറിച്ചും തന്റെ നേട്ടങ്ങളെക്കുറിച്ചും നിഷ്പക്ഷമായ ബോധം വേണം നമ്മുടെ ബോധം രണ്ടു തരത്തിലാണ് നമ്മളെക്കുറിച്ച് നമ്മൾ സ്വയം അറിയുന്ന ബോധം മറ്റുള്ളവരെ നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ബോധം രണ്ടു രണ്ട് ബോധമാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ബോധം സത്യസന്ധമായിരിക്കണമെന്നില്ല പക്ഷെ നമ്മളെക്കുറിച്ച് നമുക്കുള്ള ബോധം അത് സത്യസന്ധമായിരിക്കും ആ ബോധം ജാഗ്രത വർത്തമാനത്തിൽ ഉള്ള ബോധം അതുമാത്രം പോരാ നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ചുള്ള ബോധവും നമുക്ക് വേണം എന്നാലേ മുമ്പിലേക്ക് പോകുമ്പോൾ കരുതലോടെ നീങ്ങാൻ പറ്റത്തുള്ളൂ ഭൂതകാലത്തെക്കുറിച്ചുള്ള ബോധവും വേണം എന്തിനു വേണ്ടിയത് ഭൂതകാലത്തെക്കുറിച്ച് ഉള്ള വ്യഥകളെക്കുറിച്ചുള്ള ബോധം ഭൂതകാല ഭൂതത്തിൽ സംഭവിച്ച വീഴ്ചകൾ ഒഴിവാക്കാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള ഒരു ബോധം അതും ജാഗ്രതയാണ് അത് ഏത് നിമിഷവും ഉണ്ടായിരിക്കണം ഇങ്ങനെ പോയപ്പോൾ ഇന്ന് സംഭവിച്ചു അതിനി സംഭവിക്കാൻ പാടില്ല അത് മാത്രമല്ല മുന്നോട്ട് പോകേണ്ട വഴിയെ കുറിച്ചുള്ള ബോധം ഭാവിയെ കുറിച്ചുള്ള ബോധം അതും വ്യക്തമായിട്ട് വേണം ജാഗ്രത ഇപ്പം വർത്തമാന ഭൂതഭാവി മൂന്ന് തരത്തിലുള്ള ജാഗ്രതയും ഉണർവും ബോധവും ഒരാൾക്ക് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വേണം താനിനി ഏതുവരെ പോകണം അത് നിർണയിക്കണമെങ്കിൽ ഇതിലേറ്റവും പ്രാധാന്യം വർത്തമാനത്തെക്കുറിച്ചുള്ള ബോധം തന്നെ താനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ശരിയായ ബോധമുണ്ടെങ്കിലേ തനിക്കിനി എത്രമാത്രം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നുള്ള ബോധം നിലനിർത്താൻ പറ്റും പക്ഷേ ഈ ബോധത്തെ നിരന്തരം മൂടിക്കളയും മായാശക്തി അതാണ് നമ്മുടെ സാധനയിൽ വരുന്ന വീഴ്ചകൾ പരാജയങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല കൃത്യനിഷ്ഠമായി ചെയ്യാൻ പറ്റത്തില്ല നിരന്തരമായി ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല കാരണം അതെല്ലാം സംഭവിക്കുന്ന ഇപ്പോൾ ഈ ബോധം ഈ ജാഗ്രത നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് രാവിലെ അഞ്ചുമണിക്ക് എണീക്കും നാളെ രാവിലെ അഞ്ചു മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചു കഴിയത്തില്ല अदान। अदान। नीके नीके। वे वे ീ ജാഗ്രത ഉള്ളിലുണ്ടെങ്കിൽ എണീക്കും ഈ ജാഗ്രത നഷ്ടപ്പെടുന്നു അതാണ് അടുത്ത ദിവസം അഞ്ചു മണിക്ക് നമുക്ക് എണീറ്റ് കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യം ചെയ്യാൻ കഴിയാതെ വരുന്നത് അപ്പൊ ഈ ജാഗ്രത ആഭിമിക്കാൻ മനസ്സിലുണ്ട് ഉത്തിഷ്ഠരായി കഴിഞ്ഞു പക്ഷെ ജാഗ്രത എന്ന വളരെ പ്രയാസമാണ് പരമപ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ശ്രുതിയേതനെ രണ്ടാമത് പറഞ്ഞത് സാധാരണ പോലെയല്ല ഉണർന്നിട്ട് എണീക്കുകയല്ല ഇവിടെ എണീറ്റിട്ട് ഉണരാൻ കഴിയുന്നില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് എണീക്കും എങ്ങനെ ചിലർ ഉറക്കത്തിൽ ചാടി എണീക്കും ഉറക്കം വിടാതെ തന്നെ അതുപോലെ ഒരു ചാടി എണീറ്റതാണ് ആശ്രമത്തിലെത്തിയത് പക്ഷെ വീണ്ടും ഉറങ്ങിപ്പോകും സാധാരണ നമുക്കെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് വീണ്ടും ഉറങ്ങിക്കൊണ്ടേ കൊച്ചുകുട്ടികളെ വിളിച്ചു നടത്തി ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കൊണ്ടുതന്നെ ഭക്ഷണം കഴിക്കും ഉറക്കത്തിലായിരിക്കും ഭക്ഷണം പിറ്റേ ദിവസം വിളിച്ചു ചോദിച്ചാൽ പറയും ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയും അതാണ് നമുക്ക് സംഭവിക്കുന്നത് എണീക്കും പക്ഷെ ഉണരത്തില്ല ഇവിടെ പറയുന്നു നിങ്ങൾ എണീക്കുക പക്ഷെ ഉണരുക എണീറ്റിട്ട് വീണ്ടും ഉറക്കം തുടരുത് ഇതെല്ലാ ഇതിനാരും ഇതിനൊന്നും ആരും മുക്തരല്ല ആത്മീയ മാർഗത്തിലേക്ക് പോകുന്ന സർവർക്കും ഒരു അനുഭവമാണ് എണീക്കും പക്ഷെ ഉണരാൻ പറ്റത്തില്ല ഉണർന്നാ വീണ്ടും ഉറങ്ങിപ്പോകും അതുകൊണ്ട് ഇത് പ്രായോഗികമായ രീതിയിൽ തന്നെ ആത്മനിഷ്ഠമായി തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഈ ഉണർവിനെ സമ്പാദിക്കും ജാഗ്രത ആ ഉണർവ് നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സാധനങ്ങളിലൊന്നും നമുക്ക് വീഴ്ച പറ്റത്തില്ല അതുമാത്രമല്ല വളരെ അപകടകരമായൊരു സംഭവം നിർവഹിക്കും നമ്മൾക്ക് ആദ്യമുണ്ടായ ആഭിമുഖ്യമുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു പോകും ആത്മീയ സാധനങ്ങളിൽ ഷ്ടപ്പെട്ടു പോകും എന്നിട്ട് വ്യവഹാരങ്ങളിൽ മുഴുകും എന്നുവെച്ചാൽ ആത്മീയതയെ വിട്ടിട്ട് വ്യവഹാരങ്ങൾ മുഴുകും പ്രവർത്തി മണ്ഡലത്തിൽ മുഴുകും അതിന് നമ്മൾ എന്തെങ്കിലും ന്യായീകരണങ്ങളും കണ്ടെത്തും നമ്മളെല്ലാം മായ കണ്ടെത്തും അങ്ങനെ ചെയ്യുന്നതിന് ചില ന്യായീകരണങ്ങൾ ഈ ലോകമെല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ മാത്രം മോക്ഷം നേടിയിട്ട് എന്താ കാര്യം വെറുതെയാണ് അതിന് പണ്ടേതൂർ ഈ ലോകത്തെയൊക്കെ നന്നാക്കിയിട്ട് മോക്ഷം നേടാം ഇതൊന്നുമില്ല ആദ്യം കരുതി ഇറങ്ങിയത് വാശിയോടുകൂടി എന്തായാലും ആദ്യം മോശം പിന്നെ ഭാഗ്യകാര്യം എന്നുള്ളതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും അല്ല മറ്റുള്ളവരെയൊക്കെ മോശം നേടിക്കൊടുത്തിട്ട് കഴിഞ്ഞ് ഞാൻ മോശം നേടുന്നു ഇങ്ങനെയുള്ള തലതിരിഞ്ഞ ചിന്തകൾ കടന്നു വരുന്നത് ഈ പറയുന്ന ജാഗ്രത നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഉണർവ് ആത്മീയമായ ഉണർവ് അങ്ങനെ ഉണർവുള്ളവനെ ഉള്ള ഒരു ലക്ഷണം എന്താണ് ആ ജാഗ്രത നിലനിൽക്കുന്നവൻ ഒരിക്കലും അബദ്ധസഞ്ചാരം ഉണ്ടാകത്തില്ല ആത്മീയത എന്ന് പറയുന്ന ഒരു സുപഥസഞ്ചാരമാണ് തന്മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ മാർഗത്തിൽ ചിലപ്പോൾ അബദ്ധ സഞ്ചാരങ്ങൾ സംഭവിച്ചു പോകാൻ വാസനമുണ്ട് ഏത് നിമിഷമാണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് അത് സംഭവിച്ചു പോകുന്നത് ആ സംഭവിക്കുന്ന സമയത്ത് തിരിച്ചറിയുന്നതിനുള്ള ഉൾബോധം ഉണ്ടെങ്കിലും സംഭവിക്കത്തില്ല ഈ ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ അയാളുടെ വാസനാപ്രേരിതമായി അയാളിൽ അബദ്ധസഞ്ചാരം സംഭവിക്കുന്നു അതൊരാൾക്ക് തിരിച്ചറിയാം മറ്റാരും വെളിപ്പെടുത്തി തരേണ്ട കാര്യം അതിനെ ഒഴിവാക്കണമെങ്കിൽ വീഴ്ചകൾ ഒഴിവാക്കണമെങ്കിലും ഈ പറയുന്ന ജാഗ്രത ഉള്ളിൽ നിലക്കണം അപ്പൊ പാടില്ല എന്ന് ആചാര്യന്മാരും ശാസ്ത്രങ്ങളും നിർദ്ദേശിക്കുന്നത് അതിൽ പ്രവർത്തിച്ചു പോകുന്നു അവശനായി എന്തുകൊണ്ട് അതിനെ വിസ്മരിക്കുന്ന സമയത്താണ് പ്രവർത്തിച്ചു പോകും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് വിസ്മരിച്ചു പോകും അപ്പോൾ മായാധീനമായി വീഴ്ചകൾ സംഭവിക്കും അതൊഴിവാക്കുന്നതിന് ഈ ജാഗ്രത നിലനിർത്തണം ഈ ഉണർവ് നിലനിർത്തണം ആ ഉണർവ് ശക്തമായിരുന്നാൽ ഒരാൾക്ക് ഒരിക്കലും അയാളുടെ സന്മാർഗത്തിനൊന്നും വ്യതിചരിക്കാനും കഴിയത്തില്ല അതിനു വേണ്ടിയും ഈ ജാഗ്രത ഉള്ളിൽ നിലനിർത്തണം ഇതിനെല്ലാം പരമപ്രധാനമായി വേണ്ട കാര്യമാണ് അടുത്ത് പറയുന്നത് കഥം അടുത്ത ഭാഷ്യത്തിൽ ചോദിക്കേണ്ട ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നാണ് എങ്ങനെയാണ് ഇത് ആഭിമുഖ്യം ഉണ്ടാകണം പക്ഷെ അടുത്തു വരുന്ന ഈ ജാഗ്രത ഇതെങ്ങനെ നിലനിർത്താൻ പറ്റും പറയുന്നു ആചാര്യ തദ്പതിഷ്ടം സർവാതരം ആത്മാനം അഹമസ്മീതി നിബോധയ അഗ്ചത അനു പറയണെന്താണ് പ്രാപ്യ പ്രാപിച്ചിട്ട് ഉപഗമ്യ സമീപിച്ചിട്ട് ആചാര്യൻ ഗുരുക്കന്മാരെ ഗുരുവിനെ എന്നറിയും അപ്പൊ ഇതെല്ലാം ഒരാള് നേടിയെടുക്കുന്നത് ഒരു ഗുരുവിനെ പ്രാപിച്ചിട്ടേ പറ്റൂ അത് വരാൻ ശ്രേഷ്ഠരായ ഗുരുവിനെ അപ്പൊ ഗുരു പ്രാപ്തിയാണ് ഇതെല്ലാം സാധിക്കുന്നതിന് ഒരാളെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ വേദം നമ്മൾ ഉപദേശിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആധ്യാത്മിക തുല്യ പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ അദ്വൈതത്തിൽ നിർദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ശാസ്ത്രാചാര്യ അഭ്യാം എവിടെയെല്ലാം ഗുരുവിനെ നിർദ്ദേശിക്കുന്നുണ്ടോ അവിടെയെല്ലാം ശാസ്ത്രജ്ഞൻ നിർദ്ദേശിക്കുന്നു ശാസ്ത്രവും ഗുരു ആചാര്യസേമതിന് രണ്ടിനും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാധാന്യം വരാൻ കാരണം കാരണം ശാസ്ത്രമെന്ന് പറയുന്നത് ആചാര്യോപദേശമാണ് ഗുരു ഉപദേശമാണ് ശാസ്ത്രം അപ്പൊ ശാസ്ത്രത്തെ സമീപിക്കുന്നു എന്ന് പറയുന്നത് ഗുരുവിനെ സമീപിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് തന്നെ ഭഗവത്ഗീത നമ്മളതിനെ ശാസ്ത്രം എന്ന് പറയുന്നു അതെങ്ങനെ ശാസ്ത്രമായി ശ്രീകൃഷ്ണ പരമാത്മാവ് ഉപദേശിച്ചതുകൊണ്ട് അത് ശാസ്ത്രമായി അപ്പം അത് ഗുരു ഉപദേശമാണ് അതുകൊണ്ടാണ് ശാസ്ത്രാചാരാഭ്യാം പ്രത്യേക തത്വം അവഗമ്യ എന്നും മറ്റു പല ഭാഗങ്ങളിലും പറയും എന്നിരിക്കലും അതിന് തുല്യമായ പ്രാധാന്യമുണ്ടെങ്കിലും ഗുരുവിൻ്റെ മഹത്വം ക്ഷണതയാണ് അത് ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഗുരുവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ജീവസാന്നിധ്യം ശാസ്ത്രത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ശബ്ദ സാന്നിധ്യം രണ്ടിനുമുള്ള വ്യത്യാസം ശാസ്ത്രം നമ്മളെ ഉപദേശിക്കുന്നത് ശബ്ദാത്മകമായിട്ടാണ് ഉപദേശിക്കുന്നത് ശാസ്ത്രത്തിൽ നിന്ന് നമുക്കൊരു ഗുരുവിന്റെ ശബ്ദ സാന്നിധ്യമേ കിട്ടുന്നുള്ളൂ ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീത ഉപദേശിച്ചു പക്ഷെ നമുക്ക് ആ പരമാത്മ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഗീതയെ ശ്രവിക്കുന്നതിന് നമുക്ക് ഭാഗ്യമില്ല അർജുനന് അതിനുള്ള ഭാഗ്യം ഉണ്ടാകണം പക്ഷേ എന്നാലും നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്താണ് ആ ശബ്ദ സാന്നിധ്യം അതേസമയം ഒരു ഗുരുവിന്റെ സാക്ഷാത് സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അർജുനന് കിട്ടിയത് എന്താണ് ജീവത് സാന്നിധ്യമാണ് കിട്ടിയത് ഗുരുവിന്റെ നമുക്ക് കിട്ടുന്നത് ശബ്ദ സാന്നിധ്യം അപ്പോൾ അവിടെ എന്ത് വരുന്നു ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഗുരുലബ്ധി എന്ന് പറയുന്നത് ശാസ്ത്രപ്രാപ്തിയെക്കാൾ മഹത്വമേറിയതാണ് എന്തുകൊണ്ടവിടെ ഒരു ജീവസാന്നിധ്യം ആ ഉപദേശത്തിൻ്റെ ഗുരുവിൻ്റെ ജീവസാന്നിധ്യം കിട്ടുന്നു അതാണ് ശാസ്ത്രത്തെക്കാൾ ഗുരുവിനുള്ള മഹത്വം അജീവ സാന്നിധ്യം അവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു ഗുരുവിന്റെ മറ്റത്തെ ശബ്ദ സാന്നിധ്യമേ അതിന് പലതരത്തിലുള്ള വിശേഷതകളുണ്ട് എന്ന് നമുക്കറിയാം ഒരു ദിവ്യമായ സന്നിധിയിൽ ഒരു ദിവ്യമായ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അത് ആ ശാസ്ത്ര ശബ്ദ സാന്നിധ്യത്തേക്കാൾ ശ്രേഷ്ഠവരിതാണ് ശ്രേഷ്ഠതയുള്ളത് തന്നെയാണ് അത് സുഹൃതശാലിയൊക്കെ പറ്റത്തുള്ളൂ പുണ്യശാലിയൊക്കെ പറ്റത്തുള്ളൂ ഇനി സുഹൃതം കൊണ്ട് പുണ്യം കൊണ്ട് അങ്ങനെ ഒരു ദിവ്യമായ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്നാലും ഒരാൾക്കൊരു പക്ഷെ അതിനെ വേണ്ട രീതി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം അതൊക്കെ ജീവന്റെ ന്യൂനത പക്ഷെ ആ സാന്നിധ്യം പ്രാപിക്കുക എന്ന് പറയും ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഗുരുവിൻ്റെ പരിരക്ഷയിൽ കഴിയുക എന്ന് പറയുന്നത് അപൂർവ സുഹൃതമാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെ ഒരു സാന്നിധ്യത്തിൽ അങ്ങനെയുള്ളൊരു പരിരക്ഷയിലാണ് അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ഓരോ ജീവന്റെയും വാസനയും കർമ്മവും ഗുരുവിന്റെ അനുഗ്രഹവും അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ശാസ്ത്രവും ഗുരുവും രണ്ടു മുമ്പിൽ വരുമ്പോൾ അവിടെ പ്രാമാണികമായി സ്വീകരിക്കുന്നത് ഗുരുവിനെ തന്നെയാണ് എന്തുകൊണ്ട് അതായത് ഗുരുവും ശാസ്ത്രവും പറയുന്ന ഒരേ കാര്യമായിരിക്കും സദ്ശാസ്ത്രം സദ്ഗുരു രണ്ടുപേരും നിർദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെ പക്ഷെ ശ്രോതാവ് അതിനെ ഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരേ തരത്തിലായിരിക്കില്ല രണ്ടുതരത്തിൽ ഗ്രഹിച്ചെന്നവരും കാരണം ഒരു ശാസ്ത്രത്തിൽ പറയുന്ന കാര്യത്തെ അതുപോലെ കേൾക്കുന്നവന് ഗ്രഹിക്കാൻ കഴിഞ്ഞെന്നവർ ഗുരു പറയുന്ന ചിലപ്പോൾ അതുപോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞെന്നവർ തന്നെ അപ്പോ പിന്നെ നമ്മളേങ്ങനെ സ്വീകരിക്കും നമുക്ക് സ്വീകാര്യമായി പിന്നെ ഇരിക്കുന്നത് ശാസ്ത്ര ഉപദേശമല്ല ഗുരുവിൻ്റെ വാക്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശാസ്ത്രത്തിന്റെ ഉപദേശത്തിനും ഗുരുവിന്റെ ഉപദേശത്തിനും നമ്മൾ എന്തെങ്കിലും വൈരുദ്ധ്യം തോന്നിക്കഴിഞ്ഞാൽ ഗുരുവിന്റെ ഉപദേശത്തെ സ്വീകരിക്കും എന്ന് പറയും എന്തുകൊണ്ട് കാരണം അവിടെ ഗുരുവിന്റെ ജീവസാന്നിധ്യമുണ്ട് അതിന് വരുന്ന തുടർന്ന് വരുന്ന കാര്യങ്ങളെയെല്ലാം നമുക്ക് ആ ജീവസാന്നിധ്യം കൊണ്ട് പരിഹരിച്ചു തരാൻ കഴിയും ശാസ്ത്രത്തിന് അത് കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടും ശാസ്ത്രത്തേക്കാൾ ഗുരുവിൻ്റെ സ്ഥാനം മഹത്വമുള്ളതാണ് അതുമാത്രവുമല്ല ഒരു ശാസ്ത്രം പ്രമാണിതമായി തീരുന്നത് ഗുരുവിലൂടെയാണ് ആ സമയം ശാസ്ത്രത്തെ പ്രമാണിതമാക്കുന്ന ഗുരുവാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവിലൂടെയെ അതിന് പ്രാമാണുള്ളതായി തീരാൻ പറ്റത്തുള്ളു ശാസ്ത്രത്തിന് ഒരു ഗുരു ഇപ്പൊ ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് ഗുരു പ്രവർത്തിക്കണമെന്ന് നമുക്ക് നിഷ്കർഷിക്കാൻ പറ്റത്തില്ല പക്ഷെ ഗുരു പറയുന്നതനുസരിച്ച് ശാസ്ത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റും അതാണവിടെ ശാസ്ത്രത്തിനേക്കാൾ ഗുരുവിന് മഹത്വം വരുന്നത് ഗുരുവിന്റെ സമ്മതം ഗുരുവിന്റെ അംഗീകാരം കൊണ്ട് ശാസ്ത്രത്തിന് പ്രാമാണം കിട്ടുന്നുള്ളൂ അതായത് ശാസ്ത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി കാര്യത്തിന് അതുപോലെയല്ല ഗുരു ചെയ്യുന്നെങ്കിൽ നമുക്ക് ഗുരുവിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്തുകൊണ്ട് ഗുരു പറയുന്നതാണ് ശാസ്ത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശാസ്ത്രം പ്രമാണമാണ് അതുപോലെ ഗുരുവിന് ശാസ്ത്രം പ്രമാണമല്ല മറിച്ച് ശാസ്ത്രത്തിന് ഗുരുവാണ് പ്രമാണം അവിടെയും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എന്താണ് യതി കരോതി തത് ഗുരു എന്തിച്ചോ അത് ചെയ്യുന്നു അതിന് ശാസ്ത്രമനുസരിച്ച് ശാസ്ത്രം നോക്കിയിട്ടില്ല ഗുരു പ്രവർത്തിക്കുന്നു എന്ന് വിചാരിച്ച് നമുക്കങ്ങനെ ചെയ്യാൻ അവകാശമില്ല നമ്മൾ ശാസ്ത്രം നോക്കി പ്രവർത്തിക്കാവും തസ്മാത് ശാസ്ത്രം പ്രമാണം തേ ഭഗവാൻ അർജുനോട് പറയുന്നു എടും നിനക്ക് ശാസ്ത്രമാണ് പ്രമാണം ഗുരു എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ സ്രഷ്ടമാണ് അതുകൊണ്ട് തന്റെ സൃഷ്ടിക്ക് വിധേയമല്ല ഗുരു അതിനധീനമല്ല തനിക്കധീനമാണ് ശാസ്ത്രം അതാണ് ഗുരുവിന്റെ മഹത്വം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ശാസ്ത്രവുമായി തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഗുരുവിന്റെ മഹത്വം ഈ തരത്തിലെല്ലാം മഹത്വം ഏറിയതാണ് ഗുരു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഒരു ഗുരുസാന്നിധ്യം ഒരു ഗുരുപ്രാപ്തി ലഭിച്ചുകഴിഞ്ഞവരാണ് അവരോടാണ് ഞാനീ പറയുന്നത് അപ്പ ഗുരുസാന്നിധ്യത്തെ ഈ പറയുന്ന ജാഗ്രത കൊണ്ട് കൈവിടാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മതി നിന്നാണ് ഇവിടെ പറയുന്നത് വരാൻ പ്രാപ്യുക ശ്രേഷ്ഠരായ ഗുരുക്കന്മാരെ പ്രാപിക്കുക അപൂർവ സുഹൃതികൾക്ക് മാത്രം കിട്ടുന്നതാണ് ആ സൗഹൃദം അത് പ്രാപിച്ചു കഴിഞ്ഞാലും ചിലരത് വിട്ടുകളയും അതിനെ തിരിച്ചറിയണം എന്തുകൊണ്ടത് വിട്ടുകളയുന്നു ഈ ജാഗ്രത എന്നതിനെ കാത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ ജാഗ്രതയോടുകൂടി നിരന്തരം ഗുരുവിനെ ഗുരുവിന്റെ സാന്നിധ്യത്തിന് നിലക്കണം ആ ഗുരു സാന്നിധ്യത്തൊരിക്കലും വിട്ടുകളയരുത് നഷ്ടപ്പെടുത്തരുത് അതാണ് പ്രാധാന്യമുള്ളതിനെയാണ് പിന്നീട് പിന്നീട് പറയുന്നു ഉത്തിഷ്ഠത ജാഗ്രത അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ആ ഗുരുപ്രാപ്തി അത് ലഭിച്ചു കഴിഞ്ഞവരാണ് അത് ലഭിച്ചതുകൊണ്ടാണ് നമുക്കിത് ആധ്യാത്മിക ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് തന്നെ നമുക്കുണ്ടാവും അപ്പം അത് നഷ്ടപ്പെടുത്താതിരിക്കുക അതിനടുത്ത് ചെയ്യേണ്ടത് പ്രായോഗികമായി ചെയ്യേണ്ട ആ ഗുരു സാന്നിധ്യത്തെ ഒരിക്കലും അതിൽ നിന്നൊരിക്കലും അകന്നു പോകാതെ സൂക്ഷിക്കുക ആ ഗുരു സാന്നിധ്യത്തെ എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുക അത് മാത്രം ലഭിക്കുന്ന പ്രതിഷ്ഠാൻ ദിവ്യമായ ഒരു ഗുരു സാന്നിധ്യം അതിൻ്റെ പ്രാധാന്യത്തെ അങ്ങനെയുണ്ട് നമ്മൾ അമൂല്യമായ ഒന്നിൻ്റെ സമീപത്തിൽ ഇരുന്നാലും ചിലപ്പോൾ അതിൻ്റെ മൂല്യതയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ലാതിരിക്കും അങ്ങനെ നമുക്ക് സംഭവിച്ചു പോവാം നമ്മുടെ വാസന കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ മായ വന്ന് നമ്മുടെ ഈ ജാഗ്രതയെ മൂടുന്നത് കൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കാം അതൊരിക്കലും സംഭവിക്കരുത് ആചാര്യനെ പ്രാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആചാര്യനെ പ്രാപിച്ചു കഴിഞ്ഞവരാണ് സദ്ഗുരുലാഭം നേടിയവരാണ് അതിനെ ഒരിക്കലും ആ സാന്നിധ്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്താതിന് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക അതാണ് ശ്രീതി അടുത്ത് ഉപദേശിക്കുന്നത് പ്രകൃഷ്ഠാൻ ആചാര്യൻ തദ്വിധ അങ്ങനെയുള്ള ഗുരുവിനെ തദ്വി സമീപിച്ച് പ്രാപ്യ അവരെ സമീപിച്ചിട്ട് എന്ത് ചെയ്യണം തതുപതിഷ്ഠം തേരുപതിഷ്ടം ആ ഗുരുക്കന്മാരുപദേശിക്കുന്ന സർവാന്തരം സർവാന്തരമായിരിക്കുന്ന ആത്മാവ് ആത്മാനം ആ പരമാത്മാവിനെ അഹം അസ്മീതി നിബോധത അവഗച്ഛത ആ പരമാത്മതത്വത്തെ ഗുരുവിൽ നിന്നും ഗ്രഹിച്ചു ആത്യന്തികമായ പരമാത്മതത്വം താൻ തന്നെ എന്നിങ്ങനെയെന്ന് വെച്ചാൽ യഥാർത്ഥ തത്വജ്ഞാനം എന്നുകൂടെ പറയും ആ ഗുരുവിനെ സമീപിച്ച ആ ഗുരുവിൽ നിന്നും യഥാർത്ഥമായ ആ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുക അത് വിശദീകരിക്കുകയാണ് നിബോധത എന്ന് പറഞ്ഞത് ബോധിക്കുക എന്ന് വെച്ചാൽ നിബോധത എന്ന് പറയുന്നതിന് ശരിയായതിനെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ബോധത എന്ന് വെച്ചാൽ ബോധിക്കുക നിശ്ചയർത്ഥത്തിലുള്ള നീ എന്ന് പറയുന്ന ഉപസർഗം എന്റെ മുൻപിച്ച് എടുത്തിരിക്കുന്നു അപ്പൊ ശരിയായത് ബോധിക്കുക എന്നാണ് എന്റെ അർത്ഥം ഗുരുവിനെ സമീപിച്ചിട്ട് നേരത്തെ പറഞ്ഞതായ ആ ആഭിമുഖ്യം നിലനിർത്തി ആ ജാഗ്രതയെ നിലനിർത്തിക്കൊണ്ട് ശരിയായ തത്വ ബോധമുണ്ടാകും എങ്ങനെ സർവാന്തരം ആത്മാനം അഹമസ്മി സർവാന്തരിയായിരിക്കുന്ന പരമാത്മാവ് അത് താൻ തന്നെ എന്നുള്ള യഥാർത്ഥ ജ്ഞാനത്തിലെത്തിച്ചേർന്നു അതിന്റെ അന്തിമമായ സാക്ഷാത്കാരത്തിലെത്തിച്ചേർന്നു എന്നാണ് ഗുരുവിന്റെ സമീപത്തിലെത്തി ഉടൻ തന്നെ താൻ പരമാത്മാവണമെന്നുള്ള ബോധം ഉണ്ടായി മോക്ഷം നേടണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അവിടെ ഗുരുവിന്റെ സമീപത്തിലെത്തി കഴിഞ്ഞാൽ ഗുരു നിർദ്ദേശിക്കുന്ന സാധനമാർഗങ്ങളിലൂടെ ഗുരു തന്റെ അധികാര യോഗ്യതയെ പരിശോധിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഗുരു നിർദ്ദേശിക്കുന്ന സാധനാ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് കിടക്കുന്നു കേറി ഗുരുവാകാതെ ആ ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്നുള്ളതാണ് കുറച്ച് ദിവസം ഗുരു പറയുന്ന രീതിയിൽ സഞ്ചരിക്കുമെന്ന് തോന്നും ഇനി ഗുരുവായാലെന്താണെന്ന് തോന്നിപ്പോ അങ്ങനെയൊന്നും തോന്നരുത് അങ്ങനെയൊന്നും തോന്നാതെ തന്റെ അധികാരവും യോഗ്യതയും അനുസരിച്ചാണ് ഗുരു തനിക്ക് സാധനമാണ് നിർദ്ദേശിക്കുന്നത് അത് താഴ്ന്നതാണെന്നോ അത് മോശമാണെന്നോ ഒന്നും ചിന്തിക്കാതെ കാരണം കുറച്ച് ദിവസം ഉപദേശം കേട്ടുകൊണ്ടിരുന്നാൽ പിന്നെ ഉപദേശിക്കുന്നതിനായിരിക്കും താല്പര്യം ഉപദേശം കേൾക്കുന്നതിനായിരിക്കും പിന്നെ അങ്ങനെയൊക്കെ വന്നു പോകും അങ്ങനെയൊന്നും വരാതെ നിരന്തരമായി ആ ഗുരുപദേശത്തിൽ തന്നെ മനസ്സിൽ നിർത്തി ഗുരു നിർദ്ദേശിക്കുന്ന സാധനാ മാർഗങ്ങളത് എത്ര ക്ലിഷ്ടവും എത്രമാത്രം അസൌകര്യങ്ങളുണ്ടാക്കുന്ന ആയാലും അതിനെയെല്ലാം അനുസരിച്ച് അന്തിമമായി ആ പരമാത്മ സാക്ഷാത്കാരത്തിനെത്തിച്ചേരുക അതിനുള്ള ഭാഗ്യം ശ്രദ്ധിച്ച അപൂർവ സുഹൃതികളാണ് ഇവിടെ കൂടിയിരിക്കുന്നവരല്ല അതുകൊണ്ട് അതിനെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഉപേക്ഷിതവ്യം പറയുന്നത് ഒരിക്കലും ഗുരുവിന്റെ ഒരു നിർദ്ദേശത്തെയും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ നിസ്സാരമായി പറയാണ് മക്കളെ എല്ലാവരും രാവിലെ അഞ്ചുമണിക്ക് എണീക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടത്തി അഞ്ചുമണിക്ക് തന്നെ എണീക്കണം പറഞ്ഞു ഒരാഴ്ച അഞ്ചുമണി അടുത്ത ആഴ്ച വരുമ്പം ഇപ്പം അമ്മ സ്ഥലത്തില്ല ഇനി ഇപ്പം അഞ്ചു മണിക്കും കുഴപ്പമില്ല ആറ് മണിയാവട്ടെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല ഇവിടെ പറയുന്നത് എന്താണ് ഉപേക്ഷിതവ്യം നമ്മള് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഗുരുവിന്റെ ഉപദേശങ്ങളിൽ ഉപേക്ഷ വിചാരിച്ചു പോകുക നിഷ്ഠ നിങ്ങൾക്ക് വേണം എന്ന് ഉപദേശിച്ചു തന്നു കഴിഞ്ഞാൽ അത് കേൾക്കുന്നു അപ്പം മനസ്സില് കരുതുന്നു ശരി ഈ പറഞ്ഞത് ഇങ്ങനെ തന്നെ അനുസരിക്കുന്നു പക്ഷെ അത് ആ നിർബന്ധവും വാശിയും ഒക്കെ ഒരാഴ്ച പരമാവധി അത് കഴിയുമ്പം അതുകൊണ്ടല്ലേ ഗുരുവിന് വീണ്ടും ഉപദേശിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒറ്റ ഉപദേശത്തിൽ രക്ഷപ്പെട്ടു ഇത് എന്ത് ഉപദേശിച്ചാലും വീണ്ടും ഉപദേശിക്കാൻ ബാക്കി എന്തുകൊണ്ടാണ് ശിഷ്യൻ ഈ പറയുന്ന ഉപേക്ഷിതവ്യം ഉപദേശങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു വളരെ ലാഘവത്തോടു കൂടി അതിന് തള്ളിക്കളയുന്നു എന്നിട്ട് പരാതിയാണ് എനിക്ക് ഇതുവരെ ആയിട്ട് മോശം കിട്ടിയില്ല ആശ്രമത്തിൽ വന്നിട്ട് പത്തിരുപത് വർഷമായി ഇതുവരെ മോശം കിട്ടിയില്ല എന്തൊക്കെ ഉപേക്ഷിച്ചു എന്തൊക്കെ സ്വീകരിച്ചു അത് നമ്മൾ ചിന്തിക്കാറുണ്ടോ ചിന്തിക്കാറില്ല ഇവിടെ പറയുന്നുവ്യം ഗുരുവിന്റെ ഒരു അക്ഷരത്തെ പോലും ഉപേക്ഷിക്കാൻ പാടില്ല ഒരു ഉപദേശത്തെ എന്നുള്ള പോലെ ഗുരുവിന്റെ ഓരോ ചലനങ്ങളെയും ശ്രദ്ധിച്ച് ഓരോ ചലനങ്ങളെയും ഉപദേശമായി സ്വീകരിച്ച് ആ ഒരു ചലനത്തെ പോലും ഉപേക്ഷിക്കാതെ ഒരു നിർദ്ദേശത്തെ പോലും ഉപേക്ഷിക്കാതെ അങ്ങനെ പോകുന്നവന് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ ദിവസം പറഞ്ഞു നമ്മൾ എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തിൽ രക്ഷപ്പെടാന്ന് പറഞ്ഞല്ലോ അതാണ് വരും ജന്മങ്ങളിലൊക്കെ രക്ഷപ്പെടാം പക്ഷെ ഉപേക്ഷകൾ ഒരു ആധ്യാത്മികമായ നേരത്തെ പറഞ്ഞ ആഭിമുഖ്യമുണ്ടായി ഗുരുവിനെ സമീപിച്ചു ഗുരുവിൻ്റെ അനുഗ്രഹമെല്ലാം ഉണ്ടായി ഗുരുവിന്റെ ഉപദേശം ശ്രദ്ധിച്ച് ഇത്രയും കാര്യത്തിന് ശേഷം ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നു അവിടെ വീണ്ടും ചെയ്യുന്ന എന്താണ് നമ്മൾ ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ മാനിക്കാതിരിക്കുക ഗുരുവിന്റെ ഉപദേശങ്ങളിൽ വീഴ്ച വരുത്തുക ഉപേക്ഷിക്കുക അങ്ങനെ നമ്മൾ ഉപേക്ഷിക്കും എന്ന് ശ്രുതിക്ക് അറിയാം അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഭാഷകാരനും പറഞ്ഞ ലഹുപേക്ഷിതവ്യം ഒരിക്കലും നിങ്ങൾ ഒരു നിമിഷം പോലും ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ ഉപേക്ഷിക്കരുത് അത് പരിപാലിക്കുക അതിൽ ബദ്ധ ശ്രദ്ധരായിരിക്കുക എന്നാണ് നമ്മളോട് പറയുന്നത് ലഹുപേക്ഷിതവ്യം എന്ന് ശ്രുതി അനുകമ്പയാഹമാ അമ്മയെപ്പോലെ നമ്മുടെ അമ്മയെപ്പോലെ തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നത് അമ്മ എങ്ങനെയാണോ ഉപദേശിക്കുന്നത് അതുപോലെ ശ്രുതി ഉപദേശിക്കുകയാണ് അനുകമ്പയാ ആ ജീവന്മാരോടുള്ള അനുകമ്പ കൊണ്ട് എന്തുകൊണ്ട് അമ്മ വീണ്ടും വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നു ആ ജീവന്മാരോടുള്ള എങ്ങനെയെങ്കിലും ഇവരേ രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ശ്രുതി അത് തന്നെയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആചാര്യസ്വാമികൾക്ക് ശ്രുതി എന്ന് പറയുന്നു അമ്മയാണ് മാതൃവത് അമ്മയെപ്പോലെ നടത്തും അപ്പം അമ്മയെയും ശ്രുതിയെയും നമ്മൾ രണ്ടായി കണക്കാക്കണ്ട അത് രണ്ടും ഒന്ന് രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യമാണ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന നമ്മളിലാണ് അനുഷ്ഠിക്കുന്ന നമ്മളിലാണ് പോരായ്മകൾ വരുന്നത് ശ്രുതിയും അമ്മയെപ്പോലെ ഉപദേശിക്കുന്നതാണ് ഉപേക്ഷിക്കരുത് എൻ്റെ ഒരു ഉപദേശങ്ങളെയും എൻ്റെ ഒരു നിർദ്ദേശങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത് അതിനെ പരിപാലിക്കുക അതിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക ഉണർവുള്ളവരായിരിക്കുക എന്നാണ് അത് പരിപാലിക്കുന്നതിനുള്ള നമ്മുടെ ആ ഉൾബോധത്തെ എന്നിൽ ഉപേക്ഷ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് പിന്നെ വിവേകമെന്ന് പറയും ആ തന്നെയാണ് ഇവിടെ ജാഗ്രത എന്ന് പറഞ്ഞത് ഇത് ആദ്യാന്തം നിലനിർത്തണം ആത്മീയതയിലേക്കുള്ള ആഭിമുഖ്യം മനസ്സിൽ വരുന്നതും തുടങ്ങി ആ പരമാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ ഈ ജാഗ്രത ഒരാൾക്ക് നിലനിർത്തിയാൽ മാത്രമേ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അത് സംഭവിക്കുക ഈ ജന്മത്തിൽ രക്ഷപ്പെടാനൊക്കെ അതിൽ യാതൊരു കോംപ്രമൈസുണ്ട് ശ്രുതിയും തരുന്നില്ല ആചാര്യന്മാരും തരുന്നില്ല എന്തുകൊണ്ട് അത് തന്നെ വിശദീകരിക്കുന്ന അതിസൂക്ഷ്മ ബുദ്ധി വിഷയത്വ ഈ ന്യമായിരിക്കുന്നത് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടിയിരിക്കുന്ന ഇതെന്താണ് അതിസൂക്ഷ്മ ബുദ്ധിക്ക് വിഷയമാണ് എന്നർത്ഥം അതിസൂക്ഷ്മമായ ബുദ്ധിക്ക് വിഷയമാണെന്ന് എന്ന് വെച്ചാൽ എന്തെങ്കിലും മാലിന്യങ്ങൾ അതിൽ കടന്നു കൊടിക്കഴിഞ്ഞാൽ അതിന്റെ അസൂക്ഷ്മ നഷ്ടപ്പെടും നഷ്ടപ്പെടരുത് കിമി വ സൂക്ഷ്മ എന്ത് പോലെ ഇരിക്കുക എങ്ങനെ നമുക്കത് മനസ്സിലാക്കണം അസൂക്ഷ്മുദ്ധി പറയുന്നു ക്ഷുരസ്യ ധാര അഗ്രം നിശിത തീഷ്ണീകൃത ആ ബുദ്ധിയെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം കത്തിയുടെ വാഴ്ത്തല പോലെ തീഷ്ണീകൃതമാക്കിയ മൂർച്ച വരുത്തിയ ഒരു കത്തി കത്തിയുടെ വാഴ്ത്തല പോലെ അതിസൂക്ഷ്മമാണ് ഈ ബുദ്ധി അതാകണം അങ്ങനെ അതെന്തെങ്കിലും മാലിന്യം ഇരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ ആകത്തില്ല തുരുമ്പിരുന്നു കഴിഞ്ഞാൽ അതിന് ഊർച്ച കുറയും അതുപോലെയുള്ള ബുദ്ധി ആണെന്നർത്ഥം ഈ മാർഗം അതുപോലെ തന്നെയാണ് മാർഗത്തിനും ഒടുവനെ ചേർക്കാം ഇവിടെ ആചാര്യസ്വാമികൾ ആ ബുദ്ധിയോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ആർജിക്കേണ്ടതായ ഈ വിവേകമെന്ന് പറയുന്നത് ആദ്യ സൂക്ഷ്മമാണ് എന്നർത്ഥം നമ്മുടെ ഉള്ളിൽ നിലനിർത്തേണ്ടതായ ജാഗ്രത എന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ് ഒരു വീഴ്ചകളും സംഭവിക്കാൻ അനുവദിക്കരുത് ഒരു വീഴ്ച സംഭവിക്കുന്നതിന് മുമ്പേ അതിനെ തിരിച്ചറിയും ഇതാ എനിക്ക് വീഴ്ചകൾ സംഭവിക്കാൻ പോകുന്നു അവിടെ നിന്ന് പിന്മാറുക എന്ന് തിരിച്ചറിയും ഇനി ആ വഴിക്ക് പോകരുത് പോയിക്കഴിഞ്ഞാൽ അപകടമാണ് ഇതുവരെ ആർജിച്ചതെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി അങ്ങോട്ട് കടക്കണ്ട എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ പിന്മാറുന്നതിനുള്ള ആ അത് ബുദ്ധിക്കുണ്ടാവണം ജാഗ്രത പറയുന്നു ആ സൂക്ഷ്മ ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് കൊണ്ട് വരുന്ന തീഷ്ണത മാത്രമല്ല സാധനാ മാർഗത്തിൽ വരുന്ന വിഘ്നങ്ങളെ വീഴ്ചകളെല്ലാം തിരിച്ചറിയുന്ന തീഷ്ണതയും കൂടെയാണത് ആ തീക്ഷ്ണത അതിനാണ് ഇവിടെ പറഞ്ഞത് ക്ഷുരസ്യ കത്തിയുടെ ധാര അഗ്രം അത് നിശിതമായിരിക്കുന്നു തീക്ഷ്ണീകൃതമായിരിക്കുന്നു അതിസൂക്ഷ്മമായിരിക്കുന്നു എന്നർത്ഥം ഒരിക്കലും പശ്ചാത്തപിക്കുന്നതിന് ഇടവരാത്ത രീതി ഒരിക്കലും ദുഃഖിക്കുന്നതിന് ഇടവരാത്ത രീതിയിൽ ഒരാളുടെ അന്ധകരണത്തെ ശുദ്ധമാക്കി നിർത്തണം കുറ്റമറ്റനാക്കി നിർത്തണം അതിന് കഴിയണം എന്നർത്ഥം വീഴ്ചകൾ വരുന്നു ഇന്നും പശ്ചാത്തലിക്കുന്നു വീണ്ടും ആ വീഴ്ചകളിലേക്ക് പോകുന്നു വീണ്ടും പശ്ചാത്തലപിക്കുന്നു ഇതൊന്നും ആത്മീയ സാധനയല്ല ആത്മീയ സാധകന്മാരുടെ ജീവിതവുമല്ല മറിച്ച് അതിലേക്ക് പോകാതിരിക്കുക വീഴാതിരിക്കുക തിരിച്ചറിയുക ബലാത്കാരമായി തന്നെ വാസനാപ്രേരിതമായി പതിക്കുന്നിടത്ത് നിന്നും ബലാത്കാരമായി പിന്തിരിയുക അതിനുള്ള തീക്ഷ്ണത വേണം നിസ്സാര കാര്യമല്ല എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അത്യം മറികടക്കേണ്ടത് ഈ വിഘ്നങ്ങൾ എല്ലാം മറികടക്കേണ്ട വിഘ്നങ്ങളാണ് ദുഃഖേന അത്യ ഈ വഴിയെന്ന് പറയുന്ന എന്താണ് കഷ്ടപ്പെട്ട് മറികടക്കേണ്ടതാണ് കഷ്ടപ്പെട്ടു മറികടക്കാന്ന് വെച്ചാൽ കഠിനമായ പരിശ്രമം ചെയ്ത് മറികടക്കേണ്ട ഒരു മാർഗമാണ് ഇതിനൊരിക്കലും ലാഘവത്തോടെ കാണരുത് നിസ്സാരമായി കാണരുത് എന്നാണ് ദുഃഖേന അത്യോ യസ്യുരത്യ എന്ന് പറയുന്നത് അതിന് വിശദീകരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് കാരണം ഒരു ജീവിതം അതിനുവേണ്ടി കളയുന്നവർ വേണ്ടത്ര പരിശ്രമം ചെയ്തില്ലെങ്കിൽ വരുന്ന നഷ്ടം എത്ര വലുതാണ് അതുകൊണ്ട് പറയും ഒരു ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചവർ പിന്നീട് പരിശ്രമത്തിൽ ഒരിക്കലും അലംഭാവം വരുത്താൻ പാടില്ല അശ്രദ്ധ വരുത്താൻ പാടില്ല ഗുരുവിന്റെ ഉപദേശത്തിലൊരിക്കലും ഉപേക്ഷ വരുത്താൻ പാടില്ല അത് സ്വയം നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ക്ലിഷ്ടമാണ് ദുഃഖേനാ യസ് ഈ മാർഗം യഥാസ പദ്ർഗമനീയ തഥ ദുർഗം ദുസ്സമ്പാദ്യമിത്യത് പഥ ഒരു വലിയ കോട്ട അത് നടന്ന് മറികടക്കാൻ ശ്രമിക്കുന്നതുപോലെ എങ്ങനെ നടക്കാൻ പറ്റും കല്ല് കൊണ്ട് വളരെ കെട്ടിപ്പൊക്കി നിർത്തിയിരിക്കുന്ന ഒരു കോട്ട അതിൽ പിടിച്ചു കയറാനുള്ള പഴുതുകളൊന്നും ഇല്ല എങ്കിൽ അങ്ങനെ നടന്ന് മറികടക്കാൻ ശ്രമിക്കുന്നത് ഇല്ല അതിന്റെ വാതില് തുറന്നതുവഴി നമുക്ക് അകത്ത് കിടക്കാൻ പറ്റും അല്ലെങ്കിൽ ആകാശത്തുകൂടി വരണം എന്നുവെച്ചാൽ അത് പ്രയാസമാണ് നടത്താം അതാണ് യഥാ പദ്യാം പാദങ്ങൾ കൊണ്ട് ദുർഗമിനീയ കടന്നു കയറാൻ പറ്റാത്തതാണ് തഥാ ദുർഗം കോട്ട അതുപോലെ ദുർഗം എന്ന് വെച്ചാൽ എന്താണ് ദുസ്സമ്പാദ്യം വളരെ ക്ലേശിച്ച് സമ്പാദിക്കേണ്ടതാണ് ചെയ്തതാണ് എൻ്റെ താൽപ്പര്യം എന്താണ് ഇവിടെ ആ ക്ലേശിച്ച് ഏത് കോട്ടയാണ് ഇവിടെ മറികടക്കേണ്ടത് പറയുന്നു പഥ ം വിശദീകരിക്കുന്നു തത്വജ്ഞാനം മാർഗം തത്വജ്ഞാനമാകുന്ന ഈ മാർഗം ശരിയായ ജ്ഞാനാർജ്ജനമാകുന്ന ഈ മാർഗം അത് ദുർഗമനീയ വളരെ ക്ലേശിച്ച് ബുദ്ധിമുട്ടി മറികടക്കേണ്ടതാണ് എന്ന് കവയൂ മേധാവിനോ വദന്തി എന്ന് മേധാവികൾ ആചാര്യന്മാർ വിവേകികൾ ഇത് പറയുന്നുണ്ട് അവർ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാ ക്ലിഷ്ഠതകളെ കുറിച്ചും അതാണ് ഈ ജീവിതം തപസ്സെന്ന് പറയുന്നത് ആ തപസ്സിന്റെ കാഠിന്യത്തെക്കുറിച്ച് ജീവിതം തന്നെ തപസ്സാണ് പ്രത്യേകം ജീവിതത്തിൽ ഒരു സമയം ഒരു കാലത്ത് അനുഷ്ഠിക്കുന്ന ഒരു തപസ്സല്ല ഈ ആത്മീയ ജീവിതം തന്നെ ആദ്യന്തം തപസ്സാണ് തീവ്രമാണ് തപ്പിപ്പിക്കുന്നതാണ് തപസ്സെന്ന് പറഞ്ഞാൽ തപ്പിപ്പിക്കുന്നത് എന്നറിയാം വേദനിപ്പിക്കുന്നതാണ് അത് വിവേകികൾ പറഞ്ഞു തന്നിട്ടുണ്ട് മേധാവിനഹ വതന്തി വിവേകമുള്ള ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കുന്നു ജേയസ്യം അതിസൂക്ഷ്മത്വ ഇവിടെ ജേയമായിരിക്കുന്ന നമ്മൾ ആർജിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വിജ്ഞാനം അത് എന്താണ് അതിസൂക്ഷ്മത്വം ആ വിജ്ഞാനത്തിലൂടെ നമ്മൾ ആർജിക്കുന്ന ആ പരമാത്മ സത്യം അതിസൂക്ഷ്മമാണ് അതിനുവേണ്ടുന്ന സാധനകൾ അതെല്ലാം അതിനും കാഠിന്യമേറിയതാണ് തദ്വിശേഷി ജ്ഞാനമാർഗസ് ആ വിവേകമാർഗം പരമാത്മവിവേക ആർജിക്കുന്നതിനുള്ള ആ മാർഗം അത് ദുസ്സമ്പാദ്യത്വം ദുസ്സമ്പാദ്യമാണ് വളരെ ക്ലേശിച്ച് ആർജിക്കേണ്ടതാണ് അനന്ത അനാദി ജന്മങ്ങളുടെ വാസനകൾ ദുർവാസനകളെല്ലാം ജയിച്ച് അതിനെ ക്ലേസിക്കുക എന്ന് പറയുന്നത് ദുസ്സമ്പാദ്യമാണ് ഇക്കാര്യം വദന്തി ഈത്യ അഭിപ്രായം എന്നാണ് ശ്രുതിയുടെ താല്പര്യം യമദേവനെ പോലുള്ള ആചാര്യന്മാർ പൂർവികന്മാരായ ആചാര്യന്മാർ ഇന്നുള്ള ആചാര്യന്മാർ എല്ലാവരും ഇക്കാര്യം പറയുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രതാവുന്നതിന് വേണ്ടി അതിൻ്റെ വാസ്തവമായ സ്ഥിതി ഈ മാർഗത്തിന്റെ കാഠിന്യം ഇത് നിസ്സാരമായൊരു കാര്യമല്ല ഇതിൽ ഉപേക്ഷ വിചാരിക്കരുത് അലംഭാവം വിചാരിക്കരുത് അശ്രദ്ധരാകരുത് എന്നുള്ള കാര്യം ഇശ്രീ വളരെ ശക്തമായ ഭാഷയിൽ നമ്മുടെ ഉള്ളിൽ പതിയത്ത ഭാഷയിലൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ് നിത്യഭിപ്രായം എന്നാണ് ഇതിൻ്റെ താല്പര്യം എന്നാണ് മന്ത്രം ഞാൻ വായിക്കാം ഉത്തഗ്രത്യബോധതധാരാ നിശിതാ ദുരത്യയാ ദുർഗം പധസ്ഥത് കവയോ വദന്തി